ആത്മാവിന്റെ സ്വരൂപമാണ് ശാന്തി തന്നെയാണ് ഭക്തി മനസ്സ് സ്വയമേവ അടങ്ങുമ്പോ ശാന്തി അവിടെ സിദ്ധമാണ് ശാന്തമായ ചിത്രത്തിലെ എല്ലാ ദൈവീ സമ്പത്തുകളും സ്വയമേവ പ്രകാശിക്കും ആർക്ക് ലക്ഷ്യം നിശ്ചയമുണ്ടോ ജീവിതത്തിന് ഭഗവത് പ്രാപ്തിയാണ് ലക്ഷ്യം എന്ന് നിശ്ചയമുണ്ടോ ചിത്രം വളരെ എളുപ്പം ശാന്തവും വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാ ഹി അനന്ശബുദ്ധയോ അവ്യവസായിനാം ഇതെല്ലാ യോഗസാധനകളുടെയും പരമമായ രഹസ്യമാണ് നിശ്ചയം എന്ന് പറയുന്നത് നിശ്ചയം ഭഗവാനാണെങ്കിൽ നമ്മളുടെ മനസ്സ് സദാ ഭഗവത് സ്മരണത്തില് തിരിഞ്ഞുകൊണ്ടേയിരിക്കും ലോക വ്യവഹാരമൊക്കെ നമ്മൾ ചെയ്താലും വ്യവഹാരം കഴിഞ്ഞ മാത്രയില് ഭഗവത് സ്മരണത്തിലേക്ക് തിരിച്ചു പോവും നമുക്ക് ലക്ഷ്യം ലോകമാണെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ പൂജയൊക്കെ ചെയ്താലും അത് കഴിഞ്ഞ മാത്രമല്ല ലോകത്തിലേക്ക് പോകും ചെയ്യുമ്പോഴും മനസ്സ് ലോകത്തിലായിരിക്കും അപ്പോ ജീവിതത്തില് ലക്ഷ്യം ഭഗവാനാണെന്ന് നിശ്ചയിക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ് സങ്കല്പം മഹാസങ്കൽപം ഭാഗവതമൊക്കെ സൂതൻ ഭാഗവതം പറഞ്ഞു തുടങ്ങുമ്പോ ശൗനകാദി മഹർഷികളെ കൊണ്ട് ആദ്യം തന്നെ ഈ മഹാസങ്കൽപ്പം എടുപ്പിച്ചിട്ടാണ് ഭാഗവതം പറയുന്നത് ധർമ്മമോ അർത്ഥമോ കാമോ ലക്ഷ്യമല്ല തത്വജ്ഞാനമാണ് ലക്ഷ്യം ഭഗവത് ലക്ഷ്യം എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് എന്നിട്ട് അതിനുശേഷം കേൾക്കുകയാണെങ്കിൽ ഫലം ഉണ്ടെന്ന് ആ ലക്ഷ്യം വരുന്ന ആൾക്ക് ഈ കഴിഞ്ഞ നാല് ദിവസമായിട്ട് നമ്മൾ പറയുന്ന ദൈവീ സമ്പത്തുകളൊക്കെ സഹജമായിട്ടുണ്ടാവും ഉണ്ടായേ പറ്റൂ അപ്പൊ ആ ദൈവീ സമ്പത്തുകൾ ഭഗവാൻ ഇരുപത്തിയാറെണ്ണം വർണ്ണിച്ചു അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞ് സ്വാധ്യായ സ്തപ ആർജവം അഹിംസ സത്യം അക്രോധ ത്യാഗ ശാന്തിരപൈശ്വനം ദയാൂത അലോലുപം മാർദവം ഹ്രീരചാഫലം തേജക്ഷമാധൃതി ശൗചം അദ്രോഹോ നാതിമാനിത സമ്പദം ദൈവീം അഭിജാത ഭാരത് ഇത്രയും ലക്ഷണങ്ങൾ പറഞ്ഞ് ഇതൊക്കെ തന്നെ ദൈവീസമ്പത്തുള്ളവന് സഹജമായിട്ട് ഉണ്ടാവണതാണെന്നാണ് അയാള് മെനക്കെട്ട് വരുത്തൊന്നും വേണ്ട ആർക്ക് ഭഗവത് പ്രാപ്തി ജീവിത ലക്ഷ്യമോ അവൻ ലോകത്തിൽ ആരോടും പോരടിക്കാനും മത്സരിക്കാനും രാഗദ്വേഷത്തിനും ഒന്നുമില്ല അങ്ങനെയുള്ളവന് സഹജമായി ദൈവി സമ്പത്തുകള് അവനിൽ ഉണ്ടാവും ഇനിയിപ്പോ അങ്ങനെയല്ല ജീവിതത്തിലെ ലക്ഷ്യം പലതാണ് അയാൾക്ക് ഇന്ദ്രിയ വിഷയഭോഗം മാത്രമാണ് അയാൾക്ക് ലക്ഷ്യം ലോകത്തിലെ സ്ഥാനമാനങ്ങൾ മാത്രമാണ് ലക്ഷ്യമെങ്കിൽ അങ്ങനെയുള്ളവന് പേരാണ് അസുരൻ അസുരൻ എന്ന് വെച്ചാല് തലയിൽ കൊമ്പും ആയില് കോമ്പല്ലും ഉള്ളവനാണ് അസുരൻ ധരിക്കരുത് ആദ്യം തന്നെ പറഞ്ഞു നമ്മള് രാവണനെ പോലെയുള്ള അസുരന്മാരും നല്ല കാണാൻ നല്ല ഭംഗിയുള്ളവരായിരുന്നു അതുകൊണ്ട് അസുരൻ എന്ന് വെച്ചാൽ ഭയങ്കര രൂപമുള്ളവനെന്ന അർത്ഥമല്ല ആസുരീസമ്പത്ത് ഉള്ളവൻ എന്നർത്ഥം ആ ആസുരീസമ്പത്ത് എന്താണ് എന്നാണ് ഭഗവാൻ അടുത്ത് പറഞ്ഞത് അഥ ഇത്തെ അജ്ഞാനം സമ്പദമാസുരീം ഈ ആസുരി സമ്പത്തിനെ വളരെ വിസ്തരിച്ചൊന്നുമില്ല കാരണം ദൈവീ സമ്പത്തും വളരെ വിസ്തരിക്കാനില്ല അഭിമാനമില്ലായ്മ എന്ന് പറഞ്ഞാൽ തന്നെ ദേവി സമ്പത്തായി ബാക്കിയൊക്കെ വന്നോളൂ എങ്കിലും ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു ആനന്ദത്തിനു വേണ്ടി അതങ്ങൾ വിസ്തരിച്ചു ഇപ്പൊ ആസുരി സമ്പത്ത് ഇനിയിപ്പോ വിസ്തരിക്കണതിൽ വലിയ സുഖമൊന്നുമില്ല അതുകൊണ്ട് കുറച്ചു മാത്രം പറഞ്ഞ് ഭഗവാൻ നിർത്തുകയാണ് ആദ്യം തന്നെ പറഞ്ഞു ദമ്പ ഉണ്ണാനില്ലെങ്കിലും ഉടുത്തു നടക്കണം എന്നാണ് നമ്മുടെ അവിടെ പുറമാണം പറയ ഉണ്ണാനില്ലെങ്കിലും നാലാള് കാണുമ്പോ നമ്മളുടെ പ്രൗഢി മുഴുവൻ കാണിക്കണം പൊതുവെ കയ്യിലിത്തിരി പണം വന്നാൽ ദമ്പം കൂടെ വരുമെന്ന് രാമകൃഷ്ണ പരമഹംസരുടെ ഒരു ശിഷ്യൻ പണക്കാരനായ ശിഷ്യൻ രാമകൃഷ്ണദേവൻ താമസിക്കുന്ന സ്ഥലത്ത് കുറച്ച് എന്തൊക്കെയോ സഹായമൊക്കെ ചെയ്ത് കൊടുത്തതുകൊണ്ട് ചെറിയൊരു അഭിമാനം അയാളുടെ ഉള്ളിൽ വന്നു അപ്പൊ അയാൾ വന്ന് തന്നെ രാമകൃഷ്ണദേവൻ അത് കണ്ടുപിടിച്ചു ഇവിടുത്തെ കാര്യങ്ങൾ പലതും ഞാൻ കാരണമാണ് നടക്കുന്നത് എന്നൊരു ഭാവം അപ്പോ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു ചിലർക്കൊക്കെ വിചാരം അവരില്ലെങ്കില് കാര്യമൊന്നും ഇവിടെ നടക്കില്ല എന്നാണോ വിചാരം എന്ത് ചെയ്യാം പണം കയ്യിൽ വന്നാൽ അങ്ങനെയാണോ സ്വഭാവം തവളയ്ക്ക് നാലെണ്ണ കിട്ടിയ അഭിമാനം തവളക്കും വരൂ അത്രേ എന്ന് പറഞ്ഞിട്ട് ഒരു കഥ പറയണോ ഒരു തവളയ്ക്ക് നാലെണ്ണ കിട്ടിയത്രേ നാലെണ്ണയ്ക്കും തവളയ്ക്കും എന്താ ബന്ധം തവള നാലെണ്ണ കൊണ്ടുപോയിട്ട് പൊത്തിൽ വെച്ചിട്ട് പുറമെ ഇറങ്ങി ഇടുപ്പിൽ കൈവെച്ച് എന്നെ സല്യൂട്ട് അടിക്കാൻ ആരാ വരണമെന്ന് നോക്കിക്കൊണ്ട് നിന്നു എന്നാണ് അപ്പൊ തെരുവിലൂടെ ഒരു ആന ഗംഭീരമായിട്ട് പോണു തവള വിചാരിച്ചു നാലണ ഉള്ളിലുള്ളത് കൊണ്ട് ആന തന്നെ നിർത്തി ഒന്ന് സലൂട്ട് അടിച്ചിട്ട് പോകും എന്ന് വിചാരിച്ചു ആന ശ്രദ്ധിക്കാതെ പോയി തവളക്ക് ദേഷ്യമെന്ന് അത്രേ നാലണ ഉള്ളിലുള്ളപ്പോ ആന എന്നെ ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞാൽ ആനയോട് ഷണ്ടകൂടാൻ പോയിട്ട് ആനയുടെ കാലിന്റെ അടിയിൽ പെട്ടു തവള അപ്പൊ രാമകൃഷ്ണദേവൻ എന്നിട്ട് പറയാണ് നാലണ കിട്ടിയാൽ തവളക്ക് പോലും അഭിമാനം വരും എന്നാണ് മ്പം വാനിറ്റി നമ്മളുടെ വാനിറ്റിയാണ് പലരും മുതലെടുക്കുന്നത് എനിക്ക് ആശ്ചര്യം തോന്നുന്നു ഒരു റോഡ് മുഴുവനും സ്വർണക്കട പച്ചക്കറി കാണാനില്ല പലചരക്ക് കാണാനില്ല ഒരു റോഡ് നിറച്ച സ്വർണക്കട ഇതിപ്പോ സ്വർണമാണോ ഇത് എവിടെന്നാണ് ഇത്രയും സ്വർണ്ണം എവിടെ നിന്ന് കൊണ്ടുവരണു നിങ്ങളൊന്നും ഇപ്പൊ തലയിൽ കിരീടം വെച്ചിട്ടൊന്നും നടക്കണമൊന്നും കാണുന്നില്ല ഇത്രയൊക്കെ സ്വർണ്ണം എന്തിനാ മനുഷ്യന് ഇത്രയൊക്കെ എന്തിനാ അതിന്റെ മേലെ ഒരു ആസക്തി അതിനെ മുതലെടുക്കുകയാണ് നമ്മളുടെ ദമ്പത്തിനെ മുതലെടുക്കുകയാണ് ധാരാളം സ്വർണ്ണ അണിഞ്ഞിരുന്നാൽ എന്തോ ആണ് എന്ന് പറഞ്ഞ് വാനിറ്റി വ്യാപാരികൾ മുഴുവൻ മുതലെടുക്കണത്തതാണ് നിങ്ങൾക്ക് ഈ സിഗരറ്റ് കമ്പനിക്കാരെ ആദ്യം സിഗരറ്റ് കണ്ടുപിടിച്ചപ്പോ ആരും വിചാരിച്ചില്ലേ അത്ര ജനങ്ങളിത് ഉപയോഗിക്കുമെന്ന് അത് കണ്ടുപിടിച്ച് അവതരിപ്പിച്ചപ്പോ ആ ഫസ്റ്റ് അവതരിപ്പിച്ച അയാളോട് തന്നെ എല്ലാവരും തനിക്ക് ഭ്രാന്താണ് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു സാധനം വായിൽ വെച്ച് തീ കൊളുത്തി മൂക്കിലൂടെയും വായിലൂടെയും പുകവിടുമോ മനുഷ്യൻ എന്താ ഭ്രാന്താണോ ഇതൊന്നും ചെലവാവില്ലാന്ന് തോന്നി അയാൾ പറഞ്ഞു നോക്കൂ പൊതുജനങ്ങൾ വിഡ്ഢികളാണ് ഞാൻ കാണിച്ചു എന്ന് പറഞ്ഞ് വളരെ വളരെ പ്രസിദ്ധരായിട്ടുള്ള ആളുകളെയൊക്കെ വിളിച്ച് സിനിമയിൽ നടിക്കുന്നവരും അവരും ഇവരും ഒക്കെ സിഗരറ്റ് വലിക്കുന്നതായിട്ടും ഇതാണ് മനുഷ്യന്റെ ഗൗരവത്തിന്റെ ചിഹ്നം എന്ന് നാല് കാണിച്ചപ്പോ ബുദ്ധിശാലികളായ നമ്മുടെ ആളുകളൊക്കെ തുടങ്ങി ദമ്പം മതി നമ്മളെ എക്സ്പ്ലോയിഡ് ചെയ്യാനായിട്ടും ആളുകളെ ഒന്ന് പൊക്കിവെച്ചാൽ എന്ത് പണി വേണമെങ്കിലും ചെയ്യുന്നതാണ് ഇത് ആസുരി സമ്പത്താണ് നമ്മൾ ആസുരി സമ്പത്ത് നമ്മളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഇത്രയൊക്കെ മനുഷ്യന് മെനക്കടണോ ഒരു കല്യാണം കഴിച്ചു കൊടുക്കണമെങ്കിൽ ഈ പണ്ടൊക്കെ വാങ്ങി അണിഞ്ഞാലേ നടക്കുള്ളൂ ഇത്രയൊക്കെ സ്വർണം ധരിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ ആ സാധനം തിന്നാൻ കൊള്ളില്ല ഒരു ദിവസം രാവിലെ ഊണ് കഴിക്കാനില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കഷ്ണം മോതിരം തിന്നാ വേറെ നിറയോ വേണ്ടില്ല അതിനൊന്നും കൊള്ളൂല എങ്കിലും നമ്മളുടെ എക്കോണമി മുഴുവൻ നിൽക്കുന്നത് അതിലാണ് മ്മളുടെ ഗൗരവം മുഴുവൻ നിൽക്കുന്നത് അതിലാണ് ജീവിക്കാനാണ് മെനക്കെടേണ്ടതെങ്കിൽ ജീവിക്കാൻ ഇതൊക്കെ വേണോ ചോദിച്ചാൽ ഉത്തരല്ല പിന്നെ ഇതൊക്കെ ഈ ദമ്പം എന്നുള്ളതിന് വിനോബാബാവെ അദ്ദേഹത്തിന്റെ ഗീത ടോക്സി അർത്ഥം പറയുമ്പോ ഈ ദമ്പമാണ് മനുഷ്യനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച് കടലിനുള്ളിൽ മുങ്ങിയിട്ട് കുപ്പ പെറുക്കിക്കൊണ്ടുവന്ന അതൊരു മുത്തെന്ന് പേര് വെക്കും മണ്ണു കുഴിച്ചിട്ട് വേറൊരുന്ന് പെറുക്കി കൊണ്ടുവന്നിട്ട് അതിന് സ്വർണം എന്ന് പേര് വെക്കും എന്നിട്ട് ഇതിന് എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ മൂക്കില് തൊള്ളയിട്ട് ചെവിയിൽ തൊള്ളയിട്ട് അവിടെയൊക്കെ തൂക്കിടും എന്നാണ് വിനോബാബ അവയുടെ അദ്ദേഹം വാക്കാണ് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് പോയി പിടിയില്ലെങ്കില് എവിടെയൊക്കെ ദ്വാരം ഇടാൻ പറ്റുമോ അവിടെയൊക്കെ ദ്വാരയിട്ട് അടുത്തുള്ള ഇന്ദ്രിയത്തിന് കണക്ഷൻ കൊടുത്ത് ഇതാണ് ദമ്പം എന്നാണ് വിനോബാജി അദ്ദേഹത്തിന് ഗീതാ ടോക്സില് പ്രണതാണ് ദമ്പത്തിന് ഒരു വിധത്തിൽ അതേപോലെ പല കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കപ്പെട ഉപയോഗിക്കേണ്ട സാധനമാണെങ്കിൽ അതിൽ കുഴപ്പമില്ല ഒരു ഉപയോഗവുമില്ലാതെ കേവലം ഭാവനാമയമായിട്ട് നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ച് നമ്മളെയാണ് മറ്റുള്ളവരൊക്കെ നോക്കണത് എന്ന് ഒരു കാര്യമുണ്ടല്ലോ അതിന് വരാണ് ദമ്പം ഈ ദമ്പം ഒരു ആസുരീവാസുരയാണ് ഭഗവാൻ അതുകൊണ്ടാണ് ആദ്യത്തെടുത്ത് പറഞ്ഞത് ദമ്പം ഇപ്പൊ ദുര്യോധനൻ ഈ യുദ്ധമൊന്നും ആവശ്യമില്ല അല്ലേ ഭഗവാൻ ചെന്ന് പാണ്ഡവർക്ക് പകുതിരാജ്യം കൊടുക്കൂന്ന് പറഞ്ഞു കൊടുക്കില്ല ശരി കുറച്ച് സ്ഥലം കൊടുക്കൂ പറഞ്ഞു കൊടുക്കില്ലെന്ന് പറഞ്ഞു അഞ്ച് ഗ്രാമങ്ങളെങ്കിലും കൊടുക്കൂന്ന് പറഞ്ഞു ഒരു ഗ്രാമമെങ്കിലും കൊടുക്കൂ അഞ്ചു പേർക്കും കൂടെ കൊടുക്കില്ല അഞ്ച് വീടുകൾ കൊടുക്കൂ കൊടുക്കില്ല അഞ്ചു പേർക്കും കൂടെ താമസിക്കാൻ ഒരു വീട് കൊടുക്കും സൂചി കുത്താനുള്ള സ്ഥലം പോലും കൊടുക്കില്ല യുദ്ധം ചെയ്യട്ടെ നമുക്ക് നോക്കണം ഇത്രയും പേര് ചാവാനുള്ള ഒരു ഏർപ്പാട് വെച്ച് അതിന് മുഴുവൻ കാരണം എന്താ ദുര്യോധനന്റെ ദമ്പം കുരുകുലാമയം എന്ന് വിതുരൻ പറയണത് ധുതരാഷ്ട്രതയടുത്ത് നിന്റെ മകനല്ലാതെ കുരുവംശത്തിനുണ്ടായ ക്യാൻസറാണെന്ന് ചികിത്സിച്ചിട്ടൊന്നും ഭേദമില്ല അതുപോലെ നമ്മളുടെ ഉള്ളിലും വരണ ദമ്പം ഒരു ക്യാൻസറാണോ ശരീരത്തിന്റെ ക്യാൻസർ ഒന്നും സാരമില്ല ഈ ദമ്പം ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ നമ്മൾ മെനക്കിടും നമ്മൾ പല ജോലിയും എടുക്കുന്നത് ദമ്പം കാരണമാണ് വയറ്റപ്പഴുപ്പിന് വേണ്ടിയൊന്നുമില്ല വയറ്റപ്പഴുപ്പിനാണെന്ന് പറയുകയാണ് വയറ്റപ്പഴുപ്പിന് ഇത്രയൊന്നും മെനക്കെണ്ട ആവശ്യമില്ല രാവിലെ മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ പണിയെടുക്കുക എന്തിനാ ചോദിച്ചാൽ ജീവിക്കണ്ടേ സുഖായിട്ടെന്ന് എന്നിട്ട് അഞ്ചെട്ട് വർഷം പത്ത് വർഷം അമേരിക്കക്കും ഓസ്ട്രേലിയക്കാരനും പണിയെടുത്തിട്ട് കുറെ കഴിയുമ്പോ ജീവിക്കേണ്ട സമയം വരുമ്പോ ഇവർക്ക് ശരീരത്തിൽ പല രോഗങ്ങളുമായി സുഖിക്കാനൊട്ട് പറ്റുന്നില്ല പണം ധാരാളം കൂട്ടിവെച്ചിട്ടുണ്ട് പണം ഉണ്ടാക്കുക എന്നുള്ളത് രോഗം മാത്രമായിട്ട് നിൽക്കാണ് വീട്ടിലാണെങ്കിലും വെറുതെ എന്താ ഷെയർ മാർക്കറ്റ് ംഭമാണത് സൂക്കടാണ് ഒരു തരം മാനസിക രോഗമാണത് മനോരോഗികളാണ് ആവശ്യത്തിലധികം പണം വേണം പണം വേണം പണം വേണം ഓടി നടക്കുന്നത് എത്ര കിട്ടിയാലും പോരാ മണി ബ്രീഡ്സ് മണി എന്ന് പറയും മണി കിട്ടുന്ന പണം ഉണ്ടാക്കുന്നതോടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത്രേ പിന്നെ ഉണ്ടാക്കിക്കൊണ്ടേ ണ്ടായാൽ സഹജമായിട്ട് ഉണ്ടായാൽ ശരി നിയത്തി പക്ഷെ അത് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ അതിനാണ് കുറ്റം പറയണത് ഒരാൾക്ക് പ്രാരബ്ധം നിയത്തി അയാൾക്ക് കിട്ടുന്നുണ്ട് പരമ്പര പണക്കാരനാണെങ്കിൽ അയാൾ അതൊന്നും ദമ്പ അല്ല പക്ഷെ ഇതിനു വേണ്ടി ഓടി നടക്കുകയും നല്ല സമയം മുഴുവൻ കളയുകയും ആവശ്യമില്ലാത്ത സാധനങ്ങളും മറ്റുമൊക്കെ അഭിമാനത്തിനു വേണ്ടി തലയിൽ കയറ്റി വെക്കുകയും ഒക്കെ ചെയ്യണതിന് പേരാണ് ദമ്പം ആ ദമ്പത്തിനെ മാത്സര്യഗ്രസ്തന്മാരായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഇനി കാണാം നമുക്ക് അപ്പൊ ദമ്പവും ദർപ്പ് നോക്കൂ വലിയ വ്യത്യാസമൊന്നുമില്ല ദമ്പം എന്നുള്ളതിനും ദർപ്പത്തിനും ദമ്പ ധർമ്മധർമ്മധ്വജിത്വം ആചാര്യസ്വാമികൾ വ്യാഖ്യാനം കൊടുക്കുന്നത് ധർമ്മത്തിന്റെ കൊടികെട്ടണതാണ് ദമ്പം ഞാനാണ് വലിയ ധർമ്മിഷ്ടം ഞാനാണ് ധർമ്മകാര്യങ്ങളുടെ ഒക്കെ ആള് എന്നൊക്കെ പറഞ്ഞ് നാലു പേരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത് ദമ്പം ആ ദമ്പം ഏറ്റക്കുറവിനനുസരിച്ച് നമ്മളെ വിഷമിപ്പിക്കും ധർമ്മപുത്രർക്ക് ധർമ്മനിഷ്ഠനാണ് ധർമ്മപുത്രര് പക്ഷേ അല്പം ധർമ്മത്തിനോട് ആസക്തി അല്പമുള്ളതാണ് അദ്ദേഹത്തിന് ഇത്രയധികം വിഷമിപ്പിച്ചത് എന്നാണ് വേദനിപ്പിച്ചത് ശ്വാസപ്രശ്വാസം പോലെ ധർമ്മം നടക്കണം അതൊരു വെയിറ്റ് ആവാൻ പാടില്ല അതാണ് പറഞ്ഞത് ഞാനുണ്ടാവുമ്പോഴേ ധർമ്മം നടക്കുള്ളൂ എന്നാണ് അപ്പൊ ദമ്പം എവിടെയുണ്ടോ അവിടെ മനസ്സിന് ശാന്തി ഉണ്ടാവില്ല യോഗസ്ഥിതി ഉണ്ടാവില്ല ദർപ്പ വിദ്യാധനസ്വജനാതിനിമിത്ത ഉത്സേക്കഹ എനിക്കിത്ര പഠിപ്പുണ്ട് അതിലൊരു അഭിമാനം ഞാൻ വിളിച്ച കൈഞ്ഞൊടിച്ചാൽ ധാരാളം ആളുകൾ വരും എനിക്ക് ധാരാളം ബന്ധുക്കളുണ്ട് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഞാൻ ഒന്ന് ഫോൺ ചെയ്താൽ മതി നടക്കും പഴയ രാജാക്കന്മാരൊക്കെ ഉണ്ട് അവര് ആരെവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ വന്ന് നിൽക്കും എന്ത് വേണമെങ്കിൽ ചെയ്യാനായിട്ട് അതാണ് ദേവി മഹാത്മ്യത്തിൽ പറയണത് സുരത സമാ സമാധി സംവാദം സുരതൻ എന്ന വൈശ്യനും സുരതൻ എന്ന രാജാവും സമാധിയോ ആരാ രാജാവ സമാധി നാമ സുരതൻ രാജാവ് സുരതനും സമാധിയും കൂടിയുള്ള സംവാദത്തില് അവിടെ രാജാവ് പറയാണ് ഈ ജനങ്ങളൊക്കെ സല്യൂട്ട് അടിക്കുമ്പോൾ അവരെന്നെയാണ് സല്യൂട്ട് അടിക്കണതെന്ന് ഞാൻ വിചാരിച്ചു ഇപ്പൊ അതേ ആളുകൾ വേറെ ഒരു രാജാവിനെ ആ സിംഹാസനത്തിൽ ഇരുത്തി സല്യൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ ദർപ്പമൊക്കെ പരാജയപ്പെടുക പല മുഗൾ ചക്രവർത്തിമാരും ഏകദേശം മുഗൾ ചക്രവർത്തിമാരിൽ ഒന്ന് രണ്ടുപേരും ഒഴിച്ച എല്ലാവരും ജീവിതം അവസാനിപ്പിച്ചിരിക്കണത് ജയിലിന്റെ ഉള്ളിലാണ് ആരാ പിടിച്ചിട്ടത് എന്ന് അവരുടെ തന്നെ മക്കള് എന്താന്ന് വെച്ചാൽ അവർക്കും മക്കൾക്കും വയസ്സായിക്കൊണ്ടേയിരിക്കണു അച്ഛൻ മരിക്കണേയില്ല എത്ര കാലം രാജാവ് ആവാതിരിക്കും അതുകൊണ്ട് രാജാവിനെ പിടിച്ച് ജയിലിലാക്കി അച്ഛനെ പിടിച്ചു ദർപ്പം ദർപ്പം വരുമ്പോ അസുരി ആസുരവാസനയാണ് അതൊരു തരത്തിലൊരു ഡ്രഗാണ് കള്ളു കുടിക്കുന്നതിനേക്കാളും വലിയ ഡ്രഗാണ് ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനത്തിനേക്കാളും ഒക്കെ വലിയ ഡ്രഗാണത് കാരണം ഇതൊക്കെ തന്നെ ശരീരത്തിനേ നശിപ്പിക്കുകയുള്ളൂ മറ്റേത് ജീവിതം മുഴുവൻ നശിപ്പിക്കും മനസ്സിനെയൊക്കെ നശിപ്പിക്കും സമൂഹത്തിനൊക്കെ നശിപ്പിക്കും നമ്മളുടെ രാഷ്ട്രീയത്തിലും കാണുന്നത് ഈ ഡ്രഗ് അഡിക്ഷൻ ആണ് വേണ്ടിയുള്ള കൊതിയും ഇതിനൊക്കെ വേണ്ടി അധ്യാത്മത്തിലും ഉണ്ട് ദർപ്പം കൃഷ്ണനെ കണ്ട് കൃഷ്ണനെ പോലെ ആവണം എന്ന് ആശിച്ച ആളാണ് പൗണ്ട്രക വാസുദേവൻ നല്ല കഥയാണ് ഭാഗവതത്തില് പൗണ്ടരക വാസുദേവൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ പേരാണ് വാസുദേവൻ എന്നാണ് പേര് പൗണ്ട്രകദേശത്തിലുള്ള ആളാണ് ആ പൗണ്ട്രക വാസുദേവൻ രുക്മിണി സ്വയംവരത്തിന് ഭഗവാൻ രുക്മിണിയെ അപഹരിച്ചുകൊണ്ട് പോകും കൃഷ്ണൻ എന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് രുക്മിണിയെ കൃഷ്ണൻ അപഹരിച്ചു കൊണ്ടുപോവാതിരിക്കാനായിട്ട് ജരാചന്ദൻ ഒരു വലിയ സൈന്യത്തിനെയൊക്കെ തന്റെ ആളുകളെയൊക്കെ കൂട്ടിക്കൊണ്ട് അവിടെ വന്നു ഈ സമയം പൗണ്ട്രക വാസുദേവനും ആളുപോയി കൃഷ്ണൻ രുക്മിണിയെ അപഹരിച്ചുകൊണ്ട് പോവാൻ സാധ്യതയുണ്ട് ശിശുപാലനെ സഹായിക്കണം പൗണ്ട്രകൻ പറഞ്ഞു ഞാനുള്ളപ്പോ രുക്മിണിയെ ആ ചക്കൻ പൊക്കിക്കൊണ്ടുപോവേ ആ യാദവച്ചക്കൻ പൊക്കെ കൊണ്ടുപോയെ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വീരവാദം വഴക്കിയിട്ടാണ് പോയത് അവിടെ പോയിട്ട് അവരുടെ മൂക്കിന്റെ ചോട്ടിൽ തന്നെ എല്ലാ രാജാക്കന്മാരും നിൽക്കുമ്പോഴാണ് കൃഷ്ണൻ രുക്മിണി അപഹരിച്ചുകൊണ്ട് പോയത് അതോടുകൂടെ പൗണ്ടരക വാസുദേവൻ ഡിപ്രസ്ഡായി അദ്ദേഹം രാജ്യം ഭരിക്കാതെയായി മനസ്സ് വിഷമിച്ചു എന്നാലും ഞങ്ങളൊക്കെ പുരുഷകേസരികളും അവൻ വന്ന പെണ്ണിനെയും കൊണ്ട് പോയില്ലേ എന്ന് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കുറേ ദിവസം മന്ത്രിമാരൊക്കെ പറഞ്ഞ് പലതും ആശ്വസിപ്പിച്ച് നോക്കി ഒന്നും നടക്കണില്ല അവസാനം മന്ത്രിമാരിൽ ആർക്കോ തോന്നിയ ഒരു സൂത്രപ്പണി രാജാവിനെ പൊക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ സ്തുതിക്ക സാധാരണ സ്തുതിയൊന്നും പോരാ രാജാവിനോട് പറയുക നിങ്ങളാണ് വാസ്തവത്തിലുള്ള വാസുദേവൻ ഈ കൃഷ്ണൻ ധൈര്യം വരാൻ കാരണം അദ്ദേഹത്തിന് അവതാര പുരുഷൻ അവതാരപുരുഷൻ എല്ലാരും പറഞ്ഞിട്ടാണ് ഇത്രയധികം ധൈര്യം അതുകൊണ്ട് കൃഷ്ണൻ ഉണ്മയായ അവതാരപുരുഷനല്ല നമ്മളുടെ രാജാവാണ് അവതാരപുരുഷൻ ഇപ്പോഴും കുറെ ആളുകൾ എങ്ങനെ ഉണ്ട് കേട്ടോ സമൂഹത്തില് അവര് അവര് അവതാരമൊന്നും ആവില്ല അവര് വളരെ സേഫായിട്ട് നിന്ന് ആരെങ്കിലും ഒക്കെ അവതാരമാക്കാൻ നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോ അവരൊക്കെ ഈ മന്ത്രിമാരൊക്കെ കൂടെ തീരുമാനിച്ചു പൗണ്ട്രക വാസുദേവനെ സ്തുതിക്ക അപ്പോ ഒരു മന്ത്രി പറഞ്ഞു നമ്മൾ സ്തുതിച്ചാൽ ഒന്ന് രാജാവിന് ബുദ്ധിയുണ്ട് അദ്ദേഹമൊന്നും കൂട്ടാക്കില്ല അതെ നേരിട്ടൊന്നും പോയി സ്തുതിക്കാൻ പാടില്ല നമ്മള് ജനങ്ങളുടെ ഇടയിൽ നോട്ടീസ് അടിച്ച് ജനങ്ങൾ വിശ്വസിക്കോ ആയിരം പേരിൽ കൊടുത്താൽ ഒരു പത്ത് പേര് വിശ്വസിക്കില്ല ആ പത്ത് പേര് വന്നാ മതി ആ പത്ത് പേര് വന്ന് രാജാവിനെ ആരാധിക്കാൻ തുടങ്ങും പതുക്കെ പതുക്കെ അത് ഇരുപതാകും അതൊരു നൂറായാൽ പിന്നെ ഒരു പത്തായിരമാവാൻ വലിയ വിഷമൊന്നുമില്ല എന്നാണ് അങ്ങനെ തീരുമാനിച്ച് ഇവര് പതുക്കെ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചു നമ്മളുടെ രാജാവാണ് ഉണ്മയായ വാസുദേവൻ കൃഷ്ണൻ വെറും വേഷം കിട്ടിയാണ് വാസ്തവത്തിൽ ഉള്ള വാസുദേവന്റെ അവതാരം നമ്മളുടെ രാജാവാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോ പതുക്കെ പതുക്കെ ജനങ്ങള് പഴവും വെറ്റിലിയും കർപ്പൂരവും മാലയുമൊക്കെ ആയിട്ട് വന്ന് ആരാധിക്കാൻ തുടങ്ങി രാജാവിന് ആദ്യമൊന്നും മനസ്സിലായില്ല അവരെന്താ ചെയ്യണമെന്ന് മന്ത്രിമാര് ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിരുന്നു മന്ത്രിയോട് ചോദിച്ചത് എന്താ നടക്കണോ ചോദിച്ചു ആവോ ആരൊക്കെയോ പറയണോ അങ്ങാണ് വാസ്തവത്തിൽ അവതാരപുരുഷൻ വാസുദേവൻ കുറെ കഴിഞ്ഞപ്പോ രാജാവിന് തോന്നി ആയിരിക്കാം ഇത്രയും പേര് പറയുമ്പോൾ അങ്ങനെ അല്ലാതിരിക്കാൻ വഴിയില്ല ആയിരിക്കാം തോന്നി പതുക്കെ പതുക്കെ ഒരു ഗൗരവം വന്നു ആ രുമിണി സ്വയംഭരത്തിലുള്ള അപമാനമൊക്കെ മറന്നു പതുക്കെ ഒരു ഗൗരവം വന്നു ആദ്യമായിട്ട് ഒരു രണ്ട് മൈൽപേലി എവിടെന്നോ സംഘടിപ്പിച്ച് കിരീടത്തിൽ വെച്ചു പിന്നെ തോന്നി രണ്ട് കൈ പോരാ നാല് കൈ വേണം രണ്ടെണ്ണം മരം കൊണ്ട് ഏർപ്പാടാക്കി രണ്ടു വശത്തും വെച്ചു പിന്നെ എന്തോ ഒരു ശ്രീവത്സ ഉണ്ട് അത് തിരിച്ചൂട് വെച്ചു ഒരു കൗസ്തം രത്നം അതൊക്കെ സംഘടിപ്പിച്ച് ഒക്കെ ഡ്രാമാ ട്രൂപ്പ് പോലെ അലങ്കരിച്ച് ഇതൊന്നും കുഴപ്പമില്ലായിരുന്നു ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഭഗവാനെ ധ്യാനിച്ച് താൻ ഭഗവാനാണെന്ന് പറഞ്ഞ് ഭഗവത് സ്മരണയാണെന്ന് കൂട്ടാം അത്യാപകടായിട്ടൊരു കാര്യം ചെയ്തു മന്ത്രിമാർ ഇത്ര കണ്ട് അത് പോകും എന്ന് കാരണം ഈ ദമ്പം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ താൻ എന്തോ ആണെന്ന് ഉള്ളിൽ തോന്നിക്കഴിഞ്ഞാൽ അത് പിന്നെ എങ്ങടാ പോവാന്നൊന്നും പിടിച്ചിട്ട് അത് ശരിക്കും ഭ്രാന്ത മൂത്തും പിന്നെ മന്ത്രിമാർ വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല രാജാവിന് ഇടയ്ക്കിടയ്ക്ക് മഹോത്സവം നടത്തണം പിന്നെയും ഭരണയില്ലാതായി എല്ലാരും ആരാധിക്കാൻ വരും അവസാനം പൗണ്ട്രക വാസുദേവൻ പറഞ്ഞു എന്റെ ഒറിജിനൽ ചക്രം അവന്റെ കയ്യിലാണ് ആ ചക്രവും ഗതയും ഇങ്ങോട്ട് കൊടുത്തേക്കാൻ പറയൂ ആ ചക്രവും ഗതയൊക്കെ ഇങ്ങോട്ട് കൊടുത്തേക്കാൻ പറയുക അതൊക്കെ അവൻ വെച്ചോണ്ടിരിക്ക ഞാൻ ഉണ്മയായ വാസുദേവൻ ഇവിടെ ഇരിക്കുമ്പോ സുദർശന ചക്രം അവനെങ്ങനെ വെക്കും ഇങ്ങോട്ട് കൊടുത്തേക്കാമെന്ന് പറയുന്നു ആള് പറഞ്ഞു കാവൽക്കാരൻ പോയിട്ട് അവിടെ പോയി റിപ്പോർട്ട് ചെയ്തു ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ തന്നെ കൊണ്ടുവന്ന് ഗരുഡൻ അക അടക്കം സമർപ്പിക്കാമെന്ന് പറഞ്ഞു ഭഗവാൻ അവിടെ നിന്ന് വന്ന് സുദർശന ചക്രം എറിഞ്ഞു കൊടുത്തതാണ് പൗണ്ട്രക വാസുദേവൻ പിടിച്ചോളൂ എന്ന് വന്നിട്ട് അങ്ങനെയാണ് പൗണ്ട്രക വാസുദേവന്റെ അവസാനം ഇതൊരു കഥ ദമ്പത്തിന്റെ കഥയാണ് അതായത് നമ്മൾക്ക് ഈ ഡ്രഗ് അഡിക്ട്സ് ആണ് നമ്മളെങ്കിൽ നമ്മളെ പറ്റിക്ക ആളുകൾക്ക് വളരെ എളുപ്പമാണ് ഇതൊരു തരത്തിലൊരു ഭ്രാന്താണ് ഈ ദമ്പവും ദർപ്പവും താൻ എന്തോ ആണെന്ന് ധരിക്കും പല എത്ര ആളുകൾ അറിയുമോ ഇപ്പൊ കൽക്കി അവതാരം ആണെന്ന് നടക്കണ നിങ്ങൾ ഒന്ന് രണ്ട് കേസേ കേട്ടിട്ടുണ്ടാവുള്ളൂ ഒരിക്കലും നമ്മളുടെ പ്രഭാഷണം നടക്കുമ്പോ എനിക്ക് അറിയണ ഒരു പാർട്ടിയാണ് മുമ്പിൽ വന്നിരുന്നു പ്രഭാഷണം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോയപ്പോ എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മനസ്സിലായി ഞങ്ങളുടെ അവിടെ തേരിന്ന് നെട്ടിമാല കെട്ടാൻ വരുന്ന ഒരാളാണ് അതല്ല ഞാനിപ്പോ കൽക്കി അവതാരമാണോ നോക്കി പറ്റാ പോയിരിക്കണോ എന്ത് ചെയ്യാൻ പക്ഷം ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല അപ്പോ ചിലപ്പോ എന്തോ ആണോന്നങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ അത് കൊറേ കഴിയുമ്പോ പിടിവിട്ടു ആ ദമ്പം വരാതിരിക്കാനാണ് ടയ്ക്കൊക്കെ ചോട്ടലിറങ്ങി വന്നോളണം സാധാരണ ആയിക്കോളണം അല്ലെങ്കിൽ അത് രോഗമാണ് അപ്പോ ദമ്പോ ദർപ്പ അഭിമാനശ് ഇത് മൂന്നും ഒന്നാണ് പല രീതിയിലും മാറണോ അത്രേ ഉള്ളൂ ദമ്പം ദർപ്പം അഭിമാനം അതിമാനം നാതിമാനിത എന്ന് ഭഗവാൻ മുമ്പ് പറഞ്ഞു അഭിമാനം അതിമാനം എന്താന്ന് വെച്ചാൽ കൂടുതൽ തന്നെ കുറിച്ച് ധരിക്കുക ആദിമാനിതയുടെ നേരെ ഓപ്പോസിറ്റ് അതിമാനം താൻ എന്തോ ആണെന്ന് കൂടുതൽ വില തനിക്ക് കൊടുക്കുക തനിക്ക് ഇല്ലാത്ത വിലയൊക്കെ തനിക്ക് കൊടുക്ക അതിനു പേരാണ് അതിമാനം തന്നെ എല്ലാവരും ബഹുമാനിക്കണമെന്നും തന്നെ എല്ലാവരും ആരാധിക്കണമെന്നും ആഗ്രഹിക്കണത് ഒരിക്കലും നടക്കില്ല കാരണം എത്ര പേര് ആരാധിച്ചാലും ആരാധിക്കാത്തവരും ബഹുമാനിക്കാത്തവരും എപ്പോഴും ലോകത്തിലുണ്ടാവും എല്ലാരും കൊണ്ട് ആരാധിപ്പിക്കാൻ പറ്റും ശിവനും വിഷ്ണുവിനും അടക്കം പറ്റില്ല അല്ലെ വിഷ്ണുവിനെ ആരാധിക്കണ ആളുകൾ ശിവനെ ആരാധിക്കില്ല എപ്പോഴുണ്ട് അപ്പൊ ശിവൻ വിചാരിച്ചാ എന്നെ എല്ലാവരും ആരാധിക്കണമെന്ന് വിചാരിച്ചാ പോലും വൈഷ്ണവര് ചിലര് പറയും നടക്കില്ല എന്ന് അവര് പറയണത്തെ ആന ചവിട്ടിയാൽ പോലും ഞങ്ങൾ ശിവൻകോവിലിനുള്ളിൽ കയറില്ല എന്നാണ് ഒരു വൈഷ്ണവനെ ആന ഓടിച്ചു അവസാനം ഒരു സ്ഥലവും കയറാൻ കണ്ടില്ലേ അവസാനം മുമ്പിൽ കണ്ടത് ഒരു ശിവൻകോവില് മാത്രാണ് ആനയുടെ നേരെ തിരിഞ്ഞു നിന്നു എന്നിട്ട് പറഞ്ഞു ഹസ്തിനാഥാട്യമാനേ പി ശിവാലയം എന്തു ചെയ്യാൻ അതേപോലെ ശൈവന്മാരുണ്ട് വിഷ്ണുഗോവിലേക്ക് പോകില്ല വിഷ്ണുവിനെ ആരാധിക്കില്ല അപ്പൊ അവർക്ക് പോലും എല്ലാരുടെയും സമ്മതി വാങ്ങിക്കാൻ പറ്റൂല അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മള് ലോകത്തിലെല്ലാരെ കൊണ്ട് നമ്മളെ ആരാധിക്കണമെന്ന് നമ്മൾ ധരിച്ചാൽ എപ്പോഴെങ്കിലും സാധിക്കുമോ അതുകൊണ്ട് ഈ അതിമാനം നടക്കില്ലെന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു വലിയ വാസനയാണ് ലോകവാസന എന്ന് പറയണത് ഈ ദമ്പവും ദർപ്പവും അതിമാനവുമാണ് ശാസ്ത്രവാസന ദേഹവാസന ലോകവാസന എന്ന് പറയും അതിൽ ഈ ലോകവാസനയ്ക്ക് വിദ്യാരണ്യസ്വാമികൾ കൊടുക്കണ വ്യാഖ്യാനം ഈ ദമ്പം ദർപ്പം അതിമാനമാണ് നാട്ടുകാരൊക്കെ നമ്മളെ കുറിച്ച് നല്ലത് പറയണം നാട്ടുകാരുടെ അടുത്ത് നിന്ന് നല്ല പേര് കേൾക്കണം എന്നൊക്കെ ആശിക്കുന്നത് വലിയൊരു വാസനയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് നടക്കില്ല തീർന്നുപോല നാട്ടുകാര് നല്ലത് പറയണമെന്ന് വിചാരിച്ചാൽ കഴുതയെ ചുമന്ന അച്ഛന്റെയും മകന്റെയും കഥയാവും അച്ഛൻ കഴുതപ്പുറത്ത് കയറിയിരുന്നു മകൻ നടന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞു കണ്ടില്ലേ ചെറിയ ചക്കനെ നടക്കാൻ വെച്ചിട്ട് കഴുതപ്പുറത്ത് കയറിയിരിക്കണത് എന്ന് പറഞ്ഞു അച്ഛൻ ഇറങ്ങിയിട്ട് മകനെ കയറ്റി ഇരുത്തിയപ്പോ പറഞ്ഞു നോക്കൂ വയസ്സായ അച്ഛനെ നടക്കാൻ പറഞ്ഞിട്ട് മകൻ കയറി ഇരിക്കണം നോക്കൂന്ന് അവസാനം രണ്ടുപേരും കൂടെ കഴുത പുറത്ത് കയറിയിരുന്നു പാവം കഴുതാം അവസാനം കഴുതേ ചുമന്നുകൊണ്ട് നടന്നു ലോകത്തിന്റെ അടുത്ത് മുഴുവൻ നല്ല അഭിപ്രായം പറയാൻ പറ്റുമോ ഞാനിവിടെ ഇരുന്ന് ഭഗവത്ഗീത പറഞ്ഞു നിങ്ങളൊക്കെ ഇത് നല്ലതാണെന്ന് പറയണെന്ന് പറഞ്ഞാ നടക്കൂ എനിക്ക് തോന്നുന്ന പറഞ്ഞിട്ട് പോവാം എന്ന് വെക്കാടങ്ങി ഇതൊരു വാസനയാണ് നിങ്ങളുടെ അടുത്തുനിന്ന് നല്ല പേര് എനിക്ക് കേൾക്കണം എന്നുള്ള ആഗ്രഹം ഇവിടെ ഇരുന്നാൽ ഈ ഗീത പറയണത് എനിക്കൊരു വാസനയായിട്ട് തീരും ചിന്മയാനന്ദ സ്വാമി ഭഗവത്ഗീത പറയാൻ പുറപ്പെട്ടപ്പോ സ്വാമി തപോവനസ്വാമി ആദ്യം പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന് നിൽക്കണില്ല കാരണം അദ്ദേഹത്തിന് അത് നിയതിയാണ് അതുകൊണ്ട് അദ്ദേഹം ബലമായി പ്രബലമായി പുറപ്പെട്ടപ്പോ ഭവനസ്വാമി പറഞ്ഞു ആദ്യം പറഞ്ഞു ആറുപേരെ കിട്ടുകയാണെങ്കിൽ പ്രസംഗിച്ചോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞു നിന്റെ അടുത്ത് മാത്രം പ്രസംഗിച്ചാൽ മതി കേട്ടോ മുമ്പിലിരിക്കണവരടുത്തൊന്നും പ്രസംഗിക്കേണ്ടത്ര നിന്റെ അടുത്ത് തന്നെ വർത്തമാനം പറഞ്ഞോളൂ മുമ്പിലിരിക്കണവരോടൊന്നും വർത്തമാനം പറയേണ്ട എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു വസ്തുവിനോട് നമുക്ക് എന്തെങ്കിലും വികാരം ഉണ്ടാവുമ്പോ അതിന് പേരാണ് വാസന ദമ്പം ദർപ്പം അഭിമാനം നമ്മുടെ ഭഗവാൻ അരുണാചല അക്ഷരവണമാലയിൽ പാടി ഹേ അരുണാചലേശ്വര എനിക്കൊരു ഉപകാരം ചെയ്തു തരൂ എന്താന്ന് വെച്ചാൽ മാനം കൊണ്ടുറുപവർ മാനത്തെ അഴിത്ത് അഭിമാനമില്ലാതെ ഒളിർ അരുണാചല വലിയ പെയിൻ ഒരു സഫറിങ് ഒരു വിഷമം എന്താന്ന് വെച്ചാൽ ഈ അഭിമാനമാണ് അത് ഒരിക്കലും സ്വസ്ഥമായി സ്വതന്ത്രമായിട്ട് നമ്മളെ ഇരിക്കാൻ സമ്മതിക്കില്ല കൊച്ചുകുട്ടികൾക്കും വലിയ ആളുകൾക്കും അതാണല്ലോ ഇപ്പൊ വ്യത്യാസം ഈ അഭിമാനമാണല്ലോ ഈ അഭിമാനം കാരണമാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത് അതുകൊണ്ട് അഭിമാനത്തെ അഴിത്ത് മനസ്സിലേ ഈ അഭിമാനം ഇല്ലാതാക്കി ആനന്ദം തരും അഭിമാനമില്ലാതെ ഒളിർ അഭിമാനം പോയാലേ ആത്മാവ് പ്രകാശിക്കുള്ളൂ അഭിമാനം പോയാലേ ഭഗവത് പ്രകാശ ഹൃദയത്തിൽ ഉണ്ടാവുള്ളൂ ർപോ അതിമാനശ്ശോധ്യമേ വക്കെയാണ് രാവണനെ നശിപ്പിച്ചത് രാവണന്റെ അടുത്ത് ഈ ആസുരീവാസനകള് ദമ്പം ആര് പറഞ്ഞാലും കേൾക്കില്ല വിഭീഷണൻ പറഞ്ഞു നോക്കി മാലിവാൻ പറഞ്ഞു നോക്കി ആരൊക്കെയോ ഉപദേശിച്ചു നോക്കി ഞാൻ ആര് പറഞ്ഞാലും കേൾക്കില്ല ഹനുമാൻ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് രാവണന്റെ അടുത്ത് പറഞ്ഞു സഭയിലെത്തിയപ്പോ ഹനുമാൻ തോന്നി ചിലപ്പോ ഏശിയാലോന്ന് തോന്നി കാരണം രാവണന് ഒരുപാട് നന്മകളുണ്ട് അതുകൊണ്ട് ചിലപ്പോ ഏശിയാലോ എന്ന് തോന്നി ഹനുമാൻ പറഞ്ഞു നോക്കൂ ഹേ ലങ്കേശ്വര ഞാൻ ഇവിടെ വന്നപ്പോ നിനക്കറിയോ അറിയില്ലയോന്നറിയില്ല ആരോ നിനക്കറിയാതെ സീതയെ അശോകവനത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നാണ് നീ കൊണ്ടുവച്ചിരിക്കണോ നേരിട്ട് പറയാതെ ആരോ നിനക്കറിയാതെ സീതയെ അശോകവാടികയിൽ വെച്ചിരിക്കണോ തിരിച്ചു കൊണ്ടാക്കിക്കോളൂ എന്നാണ് ഒന്നും നടന്നില്ല എന്താ ദമ്പം താൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെങ്കിൽ കുംഭകർണൻ മരിച്ചു ഇന്ദ്രജിത്വം മരിച്ചു എന്നിട്ടും അടങ്ങുന്നില്ല ആ അഭിമാനം അവസാനം വരെ പോയില്ല ദുര്യോധനനും അതെ ദുര്യോധനനും മരണസമയത്തും ഈ അഭിമാനം പോയില്ല മരണസമയത്ത് ഭീമന്റെ കയ്യിൽ നിന്ന് അടികിട്ടി മരിക്കുമ്പോ അപ്പോഴെങ്കിലും ഒരു പശ്ചാത്താപമോ എന്തെങ്കിലുമൊക്കെ വന്നു വെച്ചാൽ ഒരു പശ്ചാത്താപില്ല ധർമ്മപുത്രരെ അടുത്ത് വിളിച്ചു പറഞ്ഞു ദാ ഞാനേ ഈ രാജ്യം എറിഞ്ഞു എടുത്തോളൂ എന്നാണ് ഞാൻ ധാരാളം സുഖമായിട്ട് അനുഭവിച്ചു ഇപ്പൊ അതിനകത്ത് ഒന്നുമില്ല നീ ഭരിച്ചോന്നാണ് നീ ഭരിച്ചു അതിമാന ദമ്പോ ദർപ്പോ അതിമാനശ്ശേ ക്രോധ വീണ്ടും ക്രോധം വരുന്നു അക്രോധവും മുമ്പിൽ പറഞ്ഞു ഇപ്പൊ ക്രോധ കാമാത് ക്രോധോപിചായ കാമുണ്ടെങ്കിൽ അവിടെ ക്രോധുണ്ടാവും കാമം നടക്കാതെ വരുമ്പോ നമുക്ക് കിട്ടേണ്ടത് കിട്ടാതെ വരുമ്പോ നമ്മൾക്ക് പൊസസിവ്നെസ് ഉള്ള വസ്തു നഷ്ടപ്പെട്ടു പോകുമ്പോ നമ്മളുടേതെന്നുള്ളത് വേറെ ഒരാളുടെ കയ്യിൽ പോകുമ്പോൾ വരുന്ന വികാരമാണ് ക്രോധം ദ്വേഷം ആ ദ്വേഷം പറയ വേണ്ട ആസുരിവാസനയാണ് ക്രോധ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സമാധാനമല്ല ആ ക്രോധ പാരുഷ്യം പാരുഷ്യം എന്ന് വെച്ചാൽ പരുഷമായ വചനം പറയുക യഥാ കാണം ചുഷ്മാൻ വിരൂപം രൂപവാൻ ഹീനാഭിജനം ഉത്തമാഭിജന ശങ്കരാചാര്യസ്വാമികള് ഭാഷയത്തിൽ പറഞ്ഞത് ഒരാള് കണ്ണു കാണാത്ത ആളാണെങ്കിൽ അയാളെ നല്ല കണ്ണുള്ളവൻ നല്ല ദൃഷ്ടിയുള്ളവൻ ചെവി കേൾക്കാത്ത ആളാണെങ്കിൽ നല്ലവണ്ണം കേൾക്കും വിരൂപനാണെങ്കിൽ നല്ല സൗന്ദര്യമുള്ളവൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കലുണ്ടല്ലോ ഈ കളിയാക്കലാണ് പാരുഷ്യം പരുഷമായ വാക്കുകൾ പറയാം മറ്റുള്ളവനെ വേദനിപ്പിക്കുന്ന രീതിയില് ഹർട്ടിങ് മറ്റുള്ളവനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്ക് പറയുക പരുഷമായ വാക്ക് പറയുക അതാണ് പാരുഷ്യമേ ആസുരി സമ്പത്ത് വായ തറന്നാൽ സഹജമായിട്ട് അങ്ങനെ വരും എന്നാണ് ശൂർപ്പണകം മുമ്പിൽ വന്ന് നിൽക്കുമ്പോ വാൽമീകി പറയണത് അതാണ് ന്യായവൃത്തം സുദുർവൃത്ത ദക്ഷിണം വാമഭാഷിനി രാമനെയും ശൂർപ്പണകെയും ആസുരീ സമ്പത്ത് ദൈവീ സമ്പത്ത് പോലെ അടുത്ത് നിർത്തിക്കൊണ്ട് വാൽമീകി പറയണ്ട് സുമുഖം ദുർമുഖീ രാമം വൃത്തമധ്യം മഹോദരി വിശാലാക്ഷം വിരൂപാക്ഷി സുകേശം താമ്രമൂർധ പ്രിയം അപ്രിയരൂപാസ ദക്ഷിണം വാമഭാഷിണി രാമൻ മധുരമായി സംസാരിക്കുമ്പോൾ ഇവള് വായ തുറന്നു കഴിഞ്ഞാൽ അസഭ്യമും അശ്ലീലമുമേ വിളിച്ചു പറയുള്ളൂ എന്നാണ് ക്രോധ പാരുഷ്യമേ വച്ച് അജ്ഞാനം ചാഭിജാത പാർത്ഥസമ്പതം ആസുരീം അവസാനമായിട്ട് പറഞ്ഞു അജ്ഞാനം അജ്ഞാനാണ് ഇതിന്റെ മുഴുവൻ ബേസ് ആസുരീ സമ്പത്തിന്റെ മുഴുവൻ തായ്വേര് അജ്ഞാനാണ് അജ്ഞാനം ഉണ്ടെങ്കിൽ ശരീരമാണ് ഞാൻ എന്ന് ധരിച്ചാൽ ദൈവീ സമ്പത്ത് വളർത്താൻ പറ്റില്ല എങ്ങനെ പറ്റും ഞാൻ ഈ ശരീരം മാത്രമാണെങ്കിൽ മാക്സിമം എന്റെ ശരീരത്തിന് സുഖം കിട്ടാനുള്ള ഏർപ്പാടൊക്കെ നോക്കും അതിനാരു കുറുകെ നിന്നാൽ ഇല്ലാതാക്കും എല്ലാ അജ്ഞാനത്തിനും എല്ലാ ദുഷ്ടതയ്ക്ക് ഈ അജ്ഞാനുണ്ട് ഈ അജ്ഞാനാണ് എല്ലാ ദുഃഖത്തിനും മൂലകാരണം അജ്ഞാനം ചാപിചാതസ് പാർത്ഥസമ്പദം ആസുരിയും ഇത്രയും പറഞ്ഞ് അടുത്ത ശ്ലോകം നോക്കുക ീസമ്പോക്ഷബന്ധാസുരീമത മാശുചമ്പീ അഭിജാസി പാണ്ഡവ ദൈവീസമ്പദ് വിമോക്ഷാ ആർക്ക് ദൈവീസമ്പത്തുണ്ടോ അവര് പെട്ടെന്ന് ആത്മതത്വജ്ഞാനം നേടി വിമുക്തരായിട്ട് തീരും നിബന്ധായ ആസുരീമ ആസുരീ സമ്പത്തുള്ളവര് വീണ്ടും വീണ്ടും സംസാരക്കെട്ടുകളിൽ പെട്ടു പെട്ടു പുറത്തു വരാതെ കഷ്ടപ്പെടും ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സംശയം തോന്നും നമ്മൾ എവിടെ നിൽക്കണാവോ നമുക്ക് പ്രബലമായ ആസുരി സമ്പത്ത് ഞാൻ വിചാരിക്കും ഞാൻ ദൈവീ സമ്പത്തുകാരനാണെന്ന് വിചാരിക്കും അതൊപ്പം നമുക്ക് സംശയമുണ്ടാവില്ല നമ്മൾ പ്രബലമായ ആസുരീ സമ്പത്തുള്ള ആളാണെങ്കിൽ ഞാനിപ്പോ ഭഗവത്ഗീത പറയുന്ന ആളല്ലേ അതുകൊണ്ട് ഞാൻ ഉത്തമ ദൈവീ സമ്പത്തുള്ള ആളാണ് നിങ്ങളുടെ കാര്യം എനിക്കിപ്പോ പറയാൻ വയ്യ ഇതാണ് ആസുരീ സമ്പത്തിന്റെ ഏറ്റവും മുഖ്യമായ രൂപം അപ്പൊ ചിലപ്പോ നമുക്ക് സംശയമുണ്ടാവില്ല ലോകത്തില് നമ്മള് പലപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോൾ നമ്മള് അറിഞ്ഞോ അറിയാതെയോ അതാണല്ലോ നിശ്ചയിച്ചിരിക്കണത് അപ്പൊ അർജുനന് ഒരു സംശയം ഞാ അർജുനന് താൻ ദൈവീ സമ്പത്തുള്ളവനാണെന്ന് നിശ്ചയിക്കാൻ തോന്നിയില്ല അല്പം മനസ്സിൽ വിഷമം വന്നു മുഖത്തൊരു വാട്ടം കണ്ടു ഭഗവാൻ എന്താന്ന് വെച്ചാൽ അർജുനനൊരു സംശയം ഞാൻ എവിടെ നിൽക്കണാവോ ഭഗവാനെ അപ്പൊ ഭഗവാൻ പറഞ്ഞു മാ ശുചാ ഹേ അർജുന ഭയപ്പെടണ്ടട്ടോ താൻ വിഷമിക്കണ്ട ശോകം മാ കാശീഹി നീ ഭയപ്പെടണ്ട എന്താന്ന് വെച്ചാൽ സമ്പത്തും ദൈവീം അഭിജാതോസി പാണ്ഡവ നീ ദൈവീ സമ്പത്ത് നേടിയെടുത്തവനാണ് അല്ലെങ്കിൽ ഞാൻ നിന്റെ തേരോട്ടിയായിട്ട് വരുവോ അവിടെ ഒന്ന് ഇരിക്കുവോ നിന്റെ അടുത്ത് ഭഗവത്ഗീത പറയുവോ ദൈവീസമ്പത്ത് ഇല്ലെങ്കിൽ സത്സംഗം കിട്ടില്ല ആ അർത്ഥത്തിൽ വേണമെങ്കിൽ നമ്മൾക്ക് ഒരു കാര്യം പറയാം ഭഗവാൻ നമുക്ക് ടിക്കറ്റ് തന്നിണ്ട് ടിക്കറ്റൊക്കെ തന്ന് നമുക്കൊരു സീറ്റൊക്കെ ഈ പഴയ സിനിമാ തീയറ്റർ പോലെ വരുത്താറുണ്ട് ടിക്കറ്റ് സീറ്റ് മുകളിലെ ഉണ്ട് അവിടെ എവിടെ എവിടെക്കാണെന്നാണ് ഭഗവാൻ നമുക്ക് എവിടെ എവിടേക്കോ ഒരു സീറ്റ് തന്നിരിക്കണു അവിടെ എവിടെ ഇരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ സത്സംഗം തന്നിരിക്കുമ്പോ ഭഗവാൻ നമുക്കൊരു ചെറുതായിട്ട് ഒരു മുതുകത്തെ ഒന്ന് തട്ടി തന്നിരിക്കണു എന്നർത്ഥം അപ്പൊ ദൈവീസമ്പത്ത് എവിടെയോ നമ്മളുടെ ഉള്ളിൽ കുറച്ച് ഉണ്ടാവണമായിരിക്കണം അതുകൊണ്ടാണ് ഈ ഭഗവത്ഗീത കേൾക്കാനുള്ള യോഗ ഉണ്ടായിരിക്കണത് അത് നമ്മളുടെ യോഗ്യതയല്ല ഭഗവത് കൃപ അവനരുളാൽ അവൻ താഴ്വണി അവനരുളാൽ അവൻ അരുൾ പെറ്റ് അവനരുളാൽ അവൻ അരുൾ ആനേൻ ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാനിനോട് ഭക്തി ചെയ്യാനും സത്സംഗത്തിൽ പ്രവേശിക്കാനും സദ്ഗ്രന്ഥങ്ങളെ അധ്യയനം ചെയ്യാനും ഒക്കെ കിട്ടിയെന്നാണ് ഭാഗ്യം അപ്പൊ അർജുനനോട് ഭഗവാൻ പറഞ്ഞു ഭയപ്പെടേണ്ട കേട്ടോ താൻ ദൈവീ സമ്പത്തുള്ളവനാണ് മാ ശുച സമ്പദം ദൈവീം അഭിജാത ഹേ പാണ്ഡവ ഭാവി കല്യാണ ത്വം അസി ഇത്യർത്ഥ നിശ്ചയമായിട്ടും നിനക്ക് ഭാവി കല്യാണനാണ് നീ എന്നുവെച്ചാൽ ഭാവിയിൽ കല്യാണം കഴിക്കാൻ പോകുന്നവനാണ് എന്നർത്ഥം കല്യാണം എന്നുവെച്ചാൽ മംഗളം എന്നർത്ഥം സുഭദ്രം നിനക്ക് ഭാവിയിൽ മംഗളം ഉണ്ടാവും കല്യാണം എന്ന് പറയണത് നമ്മള് വിവാഹത്തിനെ കല്യാണം എന്ന് പറയാൻ കാരണം അതിനുശേഷം മംഗളമായൊരു കുടുംബജീവിതം നടക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് വിവാഹത്തിനെ കല്യാണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് കല്യാണം ഒന്നുമല്ല കല്യാണം എന്ന് വെച്ചാൽ മംഗളം എന്നർത്ഥം ആ മംഗളം നിനക്ക് ഞാനിത് ആശിക്കുന്നു ആശീർവദിക്കുന്നു എന്ന് ഭഗവാൻ തന്നെ ആശീർവദിക്കുകയാണ് അപ്പൊ ദൈവീ സമ്പത്ത് ആസുരീ സമ്പത്ത് ഇത് തുടർന്നു നോക്കാം ദ്വൗഭൂത സർഗ ലോകേസ് ദൈവ ആസുരേവ ദൈവോ വിസ്തരശ പ്രോക്ത ആസുരം പാർത്ഥമേ ശൃണു ആസുരീ സമ്പത്തിനെ ഭഗവാൻ വിസ്തരിച്ചില്ലല്ലോ എന്ന് നമുക്ക് തോന്നി അല്ലേ ഭഗവാൻ തന്നെ പറഞ്ഞു വിസ്തരഷ ദൈവീസമ്പദ് പ്രോക്ത ദൈവീസമ്പത്തിനെ ഞാൻ വിസ്തരിച്ചു പറഞ്ഞു ഭഗവാൻ ഇത്തിരി തമാശ തോന്നിയിരിക്കണം എന്നുവെച്ചാൽ ആരെയൊക്കെ കണ്ടു ഓരോ കാര്യത്തിലും ഈ ജീവിതം ഒരുപാട് പേരുടെ ജീവിതം കൃഷ്ണൻ കണ്ടു രാജാക്കന്മാരുടെ ആ വൃന്ദാവനത്തിലുള്ള ഗോപസ്ത്രീകളുടെ ഗോപക്കുട്ടികളുടെ അവരുടെ സരളതയും അവരുടെ ആനന്ദമായ ജീവിതവും അവരുടെ പ്രേമഭക്തിയും അവരുടെ പ്രിയവും കണ്ടു അത് കഴിഞ്ഞ് ഈ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതോടുകൂടി ആവശ്യമില്ലാത്ത ലഹളിയും ബഹളവും അഹങ്കാരവും അഭിമാനവും ഷണ്ടയും ദ്വേഷവും ഒക്കെ കണ്ടു ഒരു വശത്ത് പ്രേമം പ്രിയം ഭക്തിയുള്ളവരെയും കണ്ടു വേറെ അഹങ്കാരം ദർപ്പം ദമ്പമുള്ളവരെയും കണ്ടു ഇവരെയൊക്കെ കണ്ടപ്പോ ഭഗവാന് തന്നെ തോന്നി എന്തിനാ ഇവരൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ടാണ് വൃന്ദാവനത്തിലുള്ള ആളുകൾക്കൊക്കെ രഹസ്യമായി ഭഗവാൻ ഒരു മെസ്സേജ് കൊടുത്തു നിങ്ങളൊന്നും ഇനി എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരണ്ട കേട്ടോ എന്നാണ് നിങ്ങൾ അവിടെ വൃന്ദാവനത്തിലെ കൃഷ്ണനെ വെച്ചുകൊണ്ടിരുന്നോളാ ഇനിയിപ്പ ഇവിടെ എനിക്ക് ചിലതൊക്കെ ഉണ്ട് ചില പണിയൊക്കെ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് എന്താ പണി ചെയ്തു തീർക്കാനുള്ളത് ഭഗവാന് ഞങ്ങൾക്കൊക്കെ ഭക്തിയും പ്രേമവും തന്നുപ്പവിടെ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് കാലോസ്മി ലോകക്ഷയകൃപ്രവൃത്ത സർവാന് സമാഹർത്തുമ എല്ലാരെയും ഇല്ലാതാക്കാൻ വന്നതാ എന്നാണ് ഇവരൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അപ്പൊ ഭഗവാനത്തിരി തമാശ തോന്നി ഈ ആസുരീ സമ്പത്ത് എന്താ ആസുരീ സമ്പത്തുള്ള ആളുകൾ എങ്ങനെയുണ്ടാവും അവരുടെ ലക്ഷണം എന്താണ് ദ്വൗ ദ്വിസംഖ്യാകൗ ഭൂത സർഗൗ ഭൂതാണാം മനുഷ്യണം സർഗൗ സൃഷ്ടി സർഗം എന്ന് വെച്ചാൽ സൃഷ്ടി എന്നർത്ഥം രണ്ടുവിധത്തിലുള്ള ക്രിയേഷനാണ് ഹ്യൂമൻ ക്രിയേഷൻ ദൈവമെന്നും ആസുരമെന്നും പ്രാജാപത്യാവാശ്ചുരാശ് വേദം തന്നെ പറയണം പ്രാജാപത്യാഹ പ്രജാപതിയുടെ പുത്രന്മാരായിട്ടുള്ളവർ ദൈവാശ്ചുരാശ്ച ഇവരെന്താ ചെയ്യണേ വേദം തന്നെ പറയണ്ടേ ദൈവാസുരാ സയ്യത്താസന്ന് ദേവന്മാരും അസുരന്മാരും സമയം കിട്ടുമ്പോ ഗുസ്തിയാണെന്ന് അടിയാണ് ശണ്ടയാണ് അവരുടെ ശണ്ടയുടെ കഥയാണ് നമ്മള് ഭാഗവതം മുതലായ പുരാണങ്ങളിലൊക്കെ കാണുന്നത് ഇന്നതിനു പറഞ്ഞ് ഇന്ന കാര്യത്തിനൊന്നും പറഞ്ഞില്ല എല്ലാത്തിനും ശണ്ടകൂടലാണ് ഈ ദൈവാസുര സൈ സയുഗം നമ്മൾ എല്ലായിടത്തും കാണുന്നു എന്താ ഈ ഭൂതസർഗങ്ങള് എന്നുവെച്ചാൽ അതാണ് ഭഗവാൻ ഇവിടെ ആസുരത്തിനെ ഇനി എടുത്ത് പറയുകയാണ് ആസുരനായിട്ടുള്ളവന് സമ്പത്തും സമൃദ്ധിയും ഒക്കെയാണ് അവന് കാര്യം അവന് വേറെ ഒന്നും കാര്യമില്ല അവനെ ഭഗവാൻ എന്ത് ചെയ്യും ദൈവീപ്രകൃതിയുള്ളവനെ ഭഗവാൻ എന്തു ചെയ്യും ഒരിക്കൽ കൃഷ്ണനും നാരദനും കൂടെ ഭൂമിയിൽ ഇങ്ങനെ നടന്നു നാരദ മഹർഷിയും കൃഷ്ണനും കൂടെ അങ്ങനെ ഭൂമിയിൽ അങ്ങനെ നടക്കുമെന്ന് ആരത മഹർഷി പറഞ്ഞു ഭഗവാനെ നമുക്ക് ഭക്തന്മാരൊക്കെ എങ്ങനെ ഉണ്ടാവും ഒന്ന് കാണാം അപ്പൊ രണ്ടുപേരും കൂടെ അങ്ങനെ നടന്നുപോയി ഒരു വലിയ ബംഗ്ലാവിലെ ബീ വെയർ ഓഫ് ഡോഗ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് മുമ്പില് അതിന്റെ ഉള്ളിലേക്ക് കയറി അവിടെ ഒരു ഡോഗേ ഉള്ളൂ എങ്കിലും എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് ഉള്ളിലേക്ക് കയറി കയറിയിട്ട് ഭഗവാൻ വാതില് തട്ടി ആതില് തട്ടിയപ്പോ ആ വലിയ പണക്കാരൻ ആതില് തുറന്നു കൃഷ്ണൻ വന്നിരിക്കണു നാരദൻ വന്നിരിക്കണു കണ്ടു ഒരു വരൂ വരൂന്ന് പറഞ്ഞു വിളിച്ചു അറുപ്പിഷ്കനാണ് നമ്പർ വൺ കഞ്ചൂസാണ് ആ വീട്ടിലെ മുതലാളി അപ്പൊ അദ്ദേഹം കൃഷ്ണനെയും നാരദനെയും കണ്ടപ്പോ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു വരൂ എന്താ പോ ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ താമസിക്കാണ് നേരെ ഇരുട്ടി എവിടെയെങ്കിലും താമസിക്കാൻ സ്ഥലം കിട്ടുമോ എന്ന് അന്വേഷിച്ചാണ് ഇത്തിരി സ്ഥലം തരും ഞങ്ങളിവിടെ കിടന്നോട്ടെ അതിനെന്താ കിടന്നോളൂ ഞാനൊരു പാവം പോകുമ്പോ അങ് അനുഗ്രഹിച്ചിട്ട് പോകുന്നു വിചാരിക്കുകയാണ് കിടന്നോളൂന്ന് പറഞ്ഞു ഒരു പഴയ പാവം കൊടുത്തു കൃഷ്ണനും നാരദർക്കും അപ്പോ ഭഗവാൻ പറഞ്ഞു നല്ല വിശപ്പുണ്ട് ബാക്കി ഉണ്ടായിരുന്ന കഞ്ഞിയിൽ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉപ്പടക്കം ഇല്ലാതെ കൊടുത്തു ഭഗവാൻ സുഖമായിട്ട് കഴിച്ചു നാരദരും കഴിച്ചു നാരദർക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് ഇയാളുടെ സമൃദ്ധിയും പിശുക്കും കൂടെ കാണുമ്പോൾ നാരദർക്ക് ദേഷ്യം വരുന്നു ഭഗവാനെ മുമ്പിൽ കിട്ടിയിട്ട് പോലും കൊടുക്കാൻ തോന്നണില്ലല്ലോ എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ആവുമ്പോ പുറപ്പെടുമ്പോ ഭഗവാൻ പറഞ്ഞു വളരെ സന്തോഷായിട്ടോ കിടക്കാൻ സ്ഥലം തോന്നു കഞ്ഞി തോന്നു വളരെ സന്തോഷായി അങ്ങക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചോളൂ ഞാൻ വരാൻ തരാം അപ്പൊ ഇയാള് പറഞ്ഞു ഭഗവാനെ നീ ധാരാളം സമ്പത്ത് വേണം കണ്ടില്ലേ എന്റെ ദാരിദ്ര്യം ഇനി ധാരാളം പണം വേണം കുട്ടികളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടാവണം ധാരാളം സമൃദ്ധി വേണം ഇനിയും വലിയ വീട് വെക്കണം നമുക്ക് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു നീ ആശിക്കണതൊക്കെ നടക്കും നാരദരാലോചിച്ച് ഇവന് ഇങ്ങനെ അനുഗ്രഹം ഇവന് ഇത്തരത്തിലാണ് അനുഗ്രഹമെങ്കിൽ ഭഗവാൻ അപ്പൊ ഉത്തമ ഭക്തന്മാരെ എങ്ങനെ അനുഗ്രഹിക്കും അവിടുന്ന് ഇറങ്ങി എന്തായാലും നാരദരെ സന്തോഷപ്പെട്ടില്ല അവിടുന്ന് പിന്നെയും നടന്നു നടന്ന് കുറച്ചു ദൂരം ഒരു ചെറ്റക്കുടില് അവിടെ ഒരു പരമഭക്തൻ അദ്ദേഹത്തിന് ഒരു പശു മാത്രമേ ഉള്ളൂ ഭഗവാന് നാരദരെ അവിടെ ചെന്ന് കയറി അന്ന് വൈകുന്നേരം ആവുമ്പോ ആ ഭക്തം വളരെ സന്തോഷത്തോടു കൂടെ ഭഗവാനെ വിളിച്ചു അകത്തിരുത്തി കാല് തനിക്ക് കിടക്കാൻ ഒരു കട്ടിലുണ്ട് ആ കട്ടിൽ ഭഗവാനെ കൊടുത്തു തന്റെ വീട്ടിലെ എന്തൊക്കെ പാചകത്തിനുള്ള വസ്തുക്കളുണ്ടോ അതൊക്കെ ഇട്ട് സമൃദ്ധമായി അടുത്ത ദിവസം തനിക്ക് കഞ്ഞി കൊടുക്കാൻ വകയില്ലെങ്കിലും ഒക്കെ ഭഗവാന് കൊടുക്കണമെന്നുള്ള സന്തോഷത്തോടുകൂടെ നല്ലവണ്ണം പാചകം ചെയ്ത് ഭഗവാനും ആരാധകർക്കും ഭക്ഷണം കൊടുത്തു എന്നിട്ട് രാത്രി മുഴുവൻ അടുത്തിരുന്ന് വീശിക്കൊടുത്തു ഒരു പശു ഉണ്ടാ പശുവിന്റെ പാലൊക്കെ കറന്നുകൊണ്ടുവന്ന് പാല് കുടിക്കാൻ കൊടുത്തു രാവിലെ ആയപ്പോ കുളിക്കാൻ വേണ്ട വെള്ളമൊക്കെ എടുത്തു കൊടുത്തു ഭഗവാൻ എല്ലാം ചെയ്തു കൊടുത്ത് പോണതിന് മുമ്പ് വീണ്ടും പശുവിനെ കറന്ന് പാല് ചൂടാക്കി കൊടുത്തു വളരെ സന്തോഷമായി അദ്ദേഹം ഭഗവാൻ അടുത്ത് ഒന്നും ചോദിച്ചില്ല ഭഗവാനും അയാളുടെ അടുത്ത് എന്ത് വരം വേണ്ടതോ ചോദിച്ചില്ല നാരദർക്ക് അതും മനസ്സിലായില്ല ഭഗവാൻ എന്തെങ്കിലും ചോദിക്കും അയാളെന്തെങ്കിലും ചോദിക്കും അല്ലെങ്കിൽ ചോദിച്ചിട്ടില്ലെങ്കിലും കുചേലന് കൊടുത്തില്ലേ അതുപോലെങ്കിലും ഒക്കെ ഭഗവാൻ വല്ലതും ഒക്കെ ചെയ്യുന്നു വിചാരിച്ച അതും ചെയ്തില്ല പോകുമ്പോ ഭഗവാൻ എന്തോ ഇങ്ങനെ കൈ മാത്രം കാണിച്ചു നാരദരെ അതൊന്നും ചോദിച്ചില്ല എന്തോ കൊടുത്തിട്ടുണ്ടാവും വിചാരിച്ചു പോണ വഴിയിൽ നാരദര് ചോദിച്ചു മുമ്പുണ്ടായിരുന്നില്ലേ ഒരാള് അയാൾക്ക് എന്തൊക്കെയോ കൊടുത്തു ഇപ്പോഴുള്ള ഈ ഭക്തൻ എന്താ കൊടുത്തു അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുമോ നാരദരെ ചോദിച്ചു പറയൂ അയാളുടെ പശു ചത്തുപോട്ടെ എന്ന് പറഞ്ഞു ഇതാണോ ആശീർവാദം മറ്റേ ആൾക്ക് പണമുണ്ടാവട്ടെ സ്വത്ത് ഉണ്ടാവട്ടെ വലിയ ബംഗളാവ് ഉണ്ടാവട്ടെ ധാരാളം കുട്ടികളും മക്കളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശീർവദിച്ചിട്ട് ഈ ഉത്തമ ഭക്തന് പശു ചത്തു പോവട്ടെ അപ്പോ ഭഗവാൻ പറഞ്ഞു നാരദരെ ഞാൻ അനുഗ്രഹിക്കുന്നത് അങ്ങനെയൊക്കെയാ എന്റെ അനുഗ്രഹം മനസ്സിലാക്കാൻ കഴിവുണ്ടാവണം പലപ്പോഴും അനുഗ്രഹം എന്ന ആളുകൾ ധനിക്കുന്നത് അനുഗ്രഹമേ വിപതോ നൈവ വിപത സമ്പദോ നൈവ സമ്പദ വിപദ് വിസ്മരണം വിഷ്ണു സമ്പദ് നാരായണ സ്മൃതി ഈ ഭക്തന് ഒരേ ഒരു ബന്ധമേ ലോകത്തിലുള്ളൂ ഈ പശു ഈ പശുവിനോട് മാത്രമാണ് അയാൾക്ക് അറ്റാച്ച്മെന്റ് അത് പോയി കഴിഞ്ഞാൽ അയാൾ ജീവൻ മുക്തനാവും സർവബന്ധ വിമുക്തനാവും അവന് ചെയ്ത ഏറ്റവും വലിയ ആശീർവാദമാണ് പശു ബോട്ടേന്ന് മറ്റേവന് ഇനിയും കിടക്കണു എത്ര ജനിക്കാനിരിക്കണു എത്ര ബുദ്ധിമുട്ടാനിരിക്കണു എത്ര കാലങ്ങൾ കഴിയാനിരിക്കുന്നു ഏതൊക്കെ യോനി കൂടെ പോവാനിരിക്കണു അയാൾ ഒരുപാട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അയാൾ എങ്ങനെ ആശീർവദിച്ചത് എന്ന് പറഞ്ഞു ദൈവാസുരം പുറമേക്ക് കാണുമ്പോ അവർക്ക് ഭഗവാൻ എങ്ങനെയാ അവരുമായിട്ട് പ്രവർത്തിക്കണത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല എന്നാണ് ഏതായാലും ഭഗവാൻ രണ്ടു ഇപ്പോ ആസുരീവാസനയുള്ള ആളെ നൂടെ വർണ്ണിക്കുകയാണ് നൂക്ക പ്രവൃത്തി നിവൃത്തി ജനാന വിദുരാസുരാഹചം നാപ്പി ചാചാരോ നു വിദ്യത്തെ അസത്യമപ്രതിഷന് തേ ജഗദാഹുരനീശ്വരം അപരസ്പരസംഭൂതാമൈക്കൃഷ്ടിവഷ്ടഭ്യാത്മാനോൽപ്പബുദ്ധയ പ്രഭവത്തി ഉഗ്രകർമാണ ോ എന്താ ഈ ആസുരീവാസനുള്ളവന്റെ ലക്ഷണം പ്രവൃത്തി നിവൃത്തി അവർക്ക് പ്രവൃത്തി എന്താണ് നിവൃത്തി എന്താണ് ഒന്നും അറിയില്ല സനാതനധർമ്മത്തിന്റെ രണ്ട് രാജപാതകളാണ് ഗീതാഭാഷ എന്ന് തന്നെ ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞു ദ്വിദോ വേദോക്തോ ധർമ്മ പ്രവൃത്തി ലക്ഷണോ നിവൃത്തി ലക്ഷണശയോ വേദം രണ്ട് മാർഗമാണ് നമ്മളുടെ മുമ്പിൽ കാണിച്ചു തന്നിരിക്കുന്നത് ഒന്ന് ഭഗവത് ആരാധനാഭാവത്തോടുകൂടെ നിഷ്കാമ്യമായി നിസ്സംഗമായി കർത്തൃത്വമില്ലാതെ ശരണാഗതി ഭാവത്തോടുകൂടെ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് പ്രവൃത്തികൾ ചെയ്യുക അതും വൈദികമായ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഉള്ളവരാണെങ്കിൽ അത് ചെയ്യുക അവരവർക്ക് വിധിച്ചുള്ള കർമ്മങ്ങളെ അനുഷ്ഠിക്കുക എന്നുള്ളതിനാണ് പ്രവൃത്തി മാർഗം എന്ന് പറയുന്നത് അത് പ്രജാപതികളെ മുൻനിർത്തിക്കൊണ്ട് സൃഷ്ടിയാരംഭത്തിൽ അവതരിപ്പിച്ച മാർഗമാണ് പുലഹ പുലസ്ത്യ മുതലായിട്ടുള്ള പുലഹൻ പുലസ്ത്യൻ മുതലായിട്ടുള്ള പ്രജാപതികളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ആദ്യമായി ബ്രഹ്മാവ് പ്രവൃത്തി മാർഗത്തിന് ഉപദേശിച്ചു സനക സനന്തന സനാതന സനത്കുമാരാദികളെ മുൻനിർത്തിക്കൊണ്ട് നിവൃത്തി മാർഗം എന്ന് വെച്ചാൽ ജ്ഞാനമാർഗം എന്നർത്ഥം തത്വജ്ഞാനത്തിന്റെ മാർഗം ആത്മജ്ഞാനത്തിന്റെ മാർഗം സർവസംഘ പരിത്യാഗത്തിന്റെ മാർഗം ജീവൻ മുക്തിയുടെ മാർഗത്തിനെ സനകസനന്ദനാദികളെ മുൻനിർത്തിക്കൊണ്ട് ഉപദേശിച്ചു പ്രവൃത്തി നിവൃത്തി ഇനിയിപ്പോ പ്രവൃത്തി എന്ന് വെച്ചാൽ നമുക്ക് നിവൃത്തിയില്ലാതെ നമ്മുടെ ഉള്ളിൽ കർമ്മുണ്ട് കർമ്മവാസനയുണ്ട് ആ കർമ്മവാസനയെ ഭഗവത് ആരാധനയായി ചെയ്തു തീർക്കുന്നതാണ് പ്രവൃത്തി കർമ്മങ്ങളൊക്കെ വിട്ടുപോകുമ്പോ സ്വസ്ഥമായി അതിനെ വിട്ട് കർമ്മ സംബന്ധമില്ലാതെ അകർമ്മമായ സ്വരൂപത്തിൽ ആത്മതത്വത്തിൽ നിഷ്ഠമായിട്ടിരിക്കുന്നതാണ് നിവൃത്തി ജ്ഞാനികളുടെ മാർഗം സന്യാസമാർഗം വാസനയില്ലാത്തവരുടെ മാർഗമാണ് നിവൃത്തി വാസന ഉണ്ടെങ്കിൽ അജ്ഞാനം ബാക്കി നിൽക്കുന്നുണ്ട് കർമ്മശുദ്ധി വന്നിട്ടില്ലെങ്കിൽ അവർ പ്രവർത്തിച്ചേ അവർക്ക് വിഹിതമായ മാർഗമാണ് പ്രവൃത്തി ആസുരി സമ്പത്തുള്ളവന് ഇത് രണ്ടും അവൻ സന്യാസം എടുത്തിട്ട് പ്രവർത്തിക്കും പ്രവൃത്തി മാർഗത്തിലിരുന്നിട്ട് പണിവിടും ഒക്കെ ചെയ്യും തല കീഴായിട്ട് എല്ലാം വിപരീതമായിട്ട് ചെയ്യും അവന് എവിടെയാണോ അഭിമാനത്തിന് നിൽക്കാൻ പറ്റുന്നത് അവിടെയൊക്കെ നിൽക്കും അവന് ഇന്നതൊന്നൊന്നുമില്ല യോഗ്യതയൊന്നുമില്ല അവന് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്യും എനിക്ക് തോന്നി ഞാൻ ചെയ്തു എന്ന് പറയും അപ്പോ സന്യാസമാർഗവും ശുദ്ധമായിട്ടിരിക്കില്ല ഗൃഹസ്ഥ മാർഗവും ശുദ്ധമായിട്ടിരിക്കില്ല ഇപ്പൊ നമുക്ക് നോക്കൂ ഗാർഹസ്ഥയും സന്യാസവും ഒക്കെ കഷ്ടത്തിലാണ് എന്താന്ന് വെച്ചാൽ ഒരു വിധിയും ഇല്ല ഒരു നിഷേധവുമില്ല തോന്നിയ പോലെ ആവാം എന്ന് വെച്ചാൽ ഋഷികേശിലെ ഒരു മഹാത്മാ ഉണ്ടായിരുന്നു വളരെ വൃദ്ധനായ ഒരു സന്യാസി ഒരിക്കലും അദ്ദേഹത്തിന്റെ അടുത്ത് ഈ കർമ്മവിധിപരമായിട്ടൊരു ചർച്ച വന്നപ്പോ അദ്ദേഹത്തിനടുത്ത് ഒരാൾ ചോദിച്ചു ഒരാൾക്ക് ഒരു പ്രാരബ്ധണ്ടെങ്കിൽ ആ പ്രാരബ്ധത്തോടുകൂടെ അയാൾ സന്യാസം എടുത്താൽ അയാൾക്ക് എന്താവും ഇതാണ് ചോദ്യ വിഷയം പക്ഷെ ചോദിക്കുന്ന ആള് കുറച്ച് പച്ചയ്ക്ക് ചോദിച്ചു ചോദിക്കുന്ന ആള് സ്വാമിയുടെ അടുത്ത് ചോദിച്ചു സ്വാമിജി ഫൈവ് സ്റ്റാർ ഹോട്ടൽ കെട്ടാൻ പ്രാരബ്ധമുള്ള ഒരാള് സന്യാസമെടുത്താൽ എന്താവും ചോദിച്ചു സ്വാമി വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയാളുടെ ആശ്രമം ഫൈവ് സ്റ്റാർ ഹോട്ടലായിട്ട് മാറുന്നു ഒരു വ്യത്യാസം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ പ്രകൃതിയുടെ നിയമത്തിനെ മാറ്റിമറിക്കാനൊന്നും പറ്റില്ല അയാളുടെ പ്രാരബ്ധ എങ്ങനെയോ അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കും പ്രവൃത്തിം പ്രവർത്തനം യസ്മിൻ പുരുഷാർത്ഥ സാധനെ കർത്തവ്യേ പ്രവൃത്തി നിവൃത്തിം ചേതദ് വിപരീതാം യസ്മാത് അനർത്ഥഹേതോ നിവർത്തിതവ്യം സാ നിവൃത്തി ചീത്ത കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വികർമ്മത്തിൽ നിന്നും നിഷിദ്ധകർമ്മത്തിൽ നിന്നും പിൻവാങ്ങണം വൈദികമായിട്ടും വിഹിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം ഇത് രണ്ടുമില്ലാത്തവരാണ് അസുരന്മാര് എന്ന് പറയുന്നത് തോന്നിയ നടക്കും അസ പ്രവൃത്തിച്ച് ജനാന വിദുഹു അസുരാ നമ്മളെ തന്നെ നമ്മളെ ശ്രദ്ധിക്കാം പലപ്പോഴും സമൂഹത്തിന്റെ സെറ്റപ്പ് തന്നെ ഈ നിയമത്തിന് അനുകൂലമാണ് അസുരന്മാരെ വളർത്തിയെടുക്കാൻ അനുകൂലമായ നിയമങ്ങളാണ് നമുക്കിപ്പോ ഉള്ളത് ഒന്നും ഋഷികൾ പറഞ്ഞ വഴിയിലോ ശാസ്ത്രീയമായ വഴിയിലോ നിക്കണമെന്ന് പോലും വിചാരിച്ചാൽ പോലും നടക്കാത്ത വിധത്തിലാണ് പ്രവൃത്തി നിവൃത്തി ധർമ്മങ്ങളെയൊക്കെ തച്ചോടക്കയാണ് നശൌചം ശൗചം വേണ്ട വിധത്തിലൊന്നും പറ്റില്ല അപ്പൊ വൈദികമായിട്ട് ചില ശൗചവിധികളൊക്കെ ഉണ്ട് അതൊന്നും ഇന്ന് പ്രാക്ടിക്കൽ അല്ല ഇന്ന രീതിയിലൊക്കെ ശൗചം വേണമെന്നുണ്ട് ഇത്തരത്തിലൊക്കെ ഇരുന്നാലേ ശൗചാവുള്ളൂന്നുണ്ട് അതൊന്നും സാധിക്കില്ല ശൗചമൊന്നും പ്രശ്നമല്ല എന്നാണ് നമ്മളിപ്പോ ഒരു ലോഡ്ജിൽ പോയി കിടന്നാൽ എത്രയോ ആളുകൾ കിടന്ന ഒരു കിടക്കയിലാണ് പോയി കിടക്കുന്നത് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല എന്താന്ന് വെച്ചാൽ ശൗചമില്ല അവിടെ ശൗചം സാധ്യമല്ല സമൂഹം തന്നെ അങ്ങനെ ആയിരിക്കണോ ചിലർക്ക് ഇതൊന്നും പിന്നെ പ്രശ്നമേ അല്ല അവർ തോന്നിയ പോലെ എവിടെ വേണമെങ്കിലും ഇരിക്കും പ്രവൃത്തിയും ഇല്ല അറിയില്ല അവർക്ക് നിവൃത്തിയുമില്ല ശൗചവുമില്ല ഒരു നിത്യാനുഷ്ഠാനം മുതലായ ആചാരങ്ങളൊന്നുമില്ല ഇന്ന ശൗചം നാപിച്ച ആചാരവും അവർക്കൊരാചാരനുഷ്ഠാനം ഒന്നുമില്ല എവിടെങ്കിലുമൊക്കെ കിടന്നുറങ്ങാം കിട്ടിയത് തിന്ന കണ്ട സ്ഥലത്ത് ഉറങ്ങാം ഇന്ന സ്ഥലത്ത് ഉറങ്ങണം എന്നുള്ള ഇന്ന സമയത്ത് ഉറങ്ങണം എന്നുള്ള ഇന്ന ഭക്ഷണം തന്നെ കഴിക്കണം നിയമമില്ല എഴയുന്നതിൽ ട്രെയിനും പറക്കുന്നതിൽ പ്ലെയിനും ഒഴിച്ച് ബാക്കി ഒക്കെ തിന്നും ഇന്നത് ഭക്ഷണം കഴിക്കണമൊന്നും ഇല്ല എന്നാ വിളക്കില് വരുന്ന പാറ്റ അതിനൊക്കെ പിടിച്ച് തിന്ന തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലും കാണുന്നതാണ് ഇവിടെയൊക്കെ ഉണ്ട് ഞണ്ട് പാമ്പ് ഇനിയൊന്നും ബാക്കില്ല ചില ചൈന മുതലായ രാജ്യങ്ങളൊക്കെ പോയാൽ പൊടവലങ്ങയാണെന്ന് നിങ്ങൾ ധരിക്കും അവിടെ പോയി ഭക്ഷിക്കാൻ പറ്റില്ല അവർക്ക് ഏഷ്യൻ കൺട്രീസിൽ തന്നെ ചില രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാവില്ല ഇവിടെ നമ്മുടെ ഇവിടെ ഉള്ള ഒരു ഭക്തൻ അതുപോലെ ഒരു രാജ്യത്ത് പോയി പെട്ട് എന്തൊക്കെയോ പറഞ്ഞു അവരെ അവസാനം ചോറ് പറഞ്ഞു അവസാനം അവരെന്ത് ചെയ്തു കുറച്ച് പച്ചരിയും നാല് എലയും കൊണ്ടുവച്ചു ത്രീനാൻ പറ്റുമോ എന്താന്ന് വെച്ചാൽ ശൗചം ആചാരം ഈ വൈദിക അതുകൊണ്ടാണ് പഴയ കാലത്ത് ഋഷികൾ ഒരു നിയമം വെച്ചത് ഈ ഭാരതഖണ്ഡം വിട്ട് പുറത്തു പോകരുത് എന്നാണ് പുറത്തു പോയാൽ വൈദികമായി നമുക്ക് ഇട്ടു തന്നിരിക്കുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഈ ശൗചം ആചാരം ഇതൊന്നും സാധ്യമാവില്ല എന്നുള്ളത് പുറത്തു പോകാൻ പാടില്ല എന്ന് പറയണത് പലതും സാധിക്കില്ല ഇതേപോലെ ഒക്കെ ജീവിക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പോഴൊക്കെ അവിടെയും പോയി അതുപോലെ സമൂഹങ്ങളൊക്കെ ഉണ്ടാക്കി ജീവിക്കുന്നവരുണ്ട് ഇല്ലാന്ന് പറഞ്ഞില്ല അങ്ങനെ അധിക അധികവും സാധിക്കാൻ ബുദ്ധിമുട്ടുള്ളത് പറഞ്ഞു ഈ ശൗചം എവിടെ സാധിക്കില്ലയോ ഈ ആചാരങ്ങൾ എവിടെ സാധിക്കില്ലയോ സന്ധ്യാവന്തനാദികള് അനുഷ്ഠാനങ്ങള് മുടക്കാതിരിക്കണം ഒരു ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളെ നാമസങ്കീർത്തനം നാമജപം ഇപ്പൊ എന്തിനാ സ്വാമിജി ഇവിടെ ഈ വിളക്കും കൊളുത്തിവെച്ച് രാവിലെ മുതൽ ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ നാമം ജപിക്കണം എന്ന് എന്തിനാണ് ഒരു നിഷ്ഠ അല്ലേ ആ ആചാരം എന്തിനാ അത് പതുക്കെ പതുക്കെ പതുക്കെ നമ്മളുടെ ഉള്ളിലുള്ള നിഷിദ്ധവാസനകളെ നീക്കി ഉള്ളില് ഭഗവത് സ്മൃതിയുടെ ബീജം ഉണ്ടാക്കാനും ഇത്രയൊക്കെ മെനക്കെടേണ്ടിയിരിക്കണു കാരണം നമ്മൾ മെനക്കിട്ട് ഒരു ജയിലുണ്ടാക്കിയിട്ടുണ്ട് ആ ജയിലിത്തിരി മെനക്കെട്ട് പൊട്ടിക്കേണ്ടിയിരിക്കണു അതിനൊക്കെ തടസ്സം ഉണ്ടാക്കും ഈ ആസുരീവാസനകള് ഞാൻ ശൗചം നാപു ചാച്ചാറു ഞ സത്യം തേശുവിദ്യ സത്യം ഒന്നും പ്രശ്നമേ അല്ല സത്യം എന്നുള്ള കാര്യം അവരുടെ ഇടയില് അങ്ങനൊരു വാക്കേ ഇല്ല ഞാൻ സത്യം തേശുവിദ്യ എത്ര വേണമെങ്കിലും കള്ളം പറയാം കള്ളം പറയാമെന്ന് തോന്നാതിരുന്നാൽ മതി വ്യാപാര ഭൂമി മുഴുവൻ നടക്കണത് അസത്യത്തിന്റെ പേരിലാണ് എന്തും നിങ്ങളെ പറഞ്ഞ് പറ്റിച്ച് വിറ്റ് അഴിക്കാം നല്ല വലിയ ഹോട്ടലില് നല്ല ചോറാണെങ്കിൽ അതിനൊരു വില അത് കേടുവന്ന് പുളിച്ചുപോയാൽ അടുത്ത ദിവസം പേര് മാറ്റിയിട്ട് വില കൂടുതൽ ഇട്ടിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പോഴും നമ്മൾ വാങ്ങി ഭക്ഷിക്കും അത്ര എളുപ്പമാണ് നമ്മളെ പറ്റിക്കാൻ എന്താ നമുക്ക് ദമ്പവും ദർപ്പുണ്ടല്ലോ എന്ന സത്യം തേശവിദ്യ സത്യം ഇല്ല മാത്രല്ല നോക്കൂ സയൻസ് നമ്മളെ കുറച്ച് ഡിമിസ്റ്റിഫൈ ചെയ്തു പ്രപഞ്ചം കെമിക്കൽസ് എന്നാണ് ഉണ്ടായിരിക്കണത് എന്ന് പഠിപ്പിച്ചു ഉള്ളിലുള്ള നമ്മളുടെ ഉള്ളില് അധമ്യമായി കിടക്കുന്ന ഭഗവത് സാന്നിധ്യം നമ്മളെ അത് സ്വീകരിക്കാൻ സമ്മതിക്കില്ലെങ്കിലും കുറേയൊക്കെ നമുക്ക് കൺഫ്യൂസ് ആവാൻ അതൊക്കെ മതി ഒക്കെ വിവേകാനന്ദ സ്വാമി അടുത്ത് എല്ലാം മോളിക്യൂളും ആറ്റവും ആണെങ്കിൽ അടുത്ത വീട്ടുകാരന്റെ കഴുത്തിന് കത്തിവെച്ച് ഞാൻ എന്തുകൊണ്ട് അവന്റെ അപഹരിച്ച് സൗഖ്യമായിട്ട് ഇരുന്നുകൂടാ എന്തർത്ഥമാണുള്ളത് ധർമ്മത്തിനും ദൈവീസമ്പത്തിനും ഒക്കെ ഒക്കെ കെമിക്കലും മോളിക്യൂളും ആറ്റവും ആണെങ്കിൽ ഇതിന് പുറകിലൊരു ഇന്റലിജൻസ് ഇല്ലെങ്കിൽ ഇതിന് പുറകിൽ ഭഗവത് സാന്നിധ്യമില്ലെങ്കിൽ ആ ഭഗവത് പ്രേമം ഇല്ലെങ്കിൽ ജീവിതത്തിന് തന്നെ എന്താർത്ഥം ബുദ്ധിയില് ജാഢ്യത കയറിയവര് പദാർത്ഥവാസനാദാർഢ്യം എന്ന് യോഗവാസിഷ്ടമുള്ള ആ പദാർത്ഥവാസനാദാർഢ്യം എന്നവര് അവരുടെ അഭിപ്രായമാണ് ഭഗവാൻ ഇതാ അവിടെ പറയണത് അസത്യം അപ്രതിഷ്ഠം തേ കേരളത്തിൽ മാത്രമുള്ള ജീവികൾ കുറച്ചുപേരുണ്ട് യുക്തിവാദികൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക തരം ജീവികൾ ഒരു യുക്തിയും ഇല്ലെങ്കിലും അവർ യുക്തി ഉണ്ടെന്നാണ് അവർ വിചാരിക്കുന്നത് അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹു അനീശ്വരം ഈ അസത്യം എന്ന് വെച്ചാൽ ഇവിടെ ഇല്ലാത്തത് വേദാന്തികളുടെ മായ ഇവിടെ പറയണത് ഈ ജഗത്ത് വെറും ജഡപദാർത്ഥങ്ങളിൽ നിന്നും ഉണ്ടായതാണ് നോക്കണം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ലോകം അസത്യം എന്നല്ല വേദാന്തികൾ പറയണത് അത് നിങ്ങൾ ധരിച്ചിരിക്കുന്ന രീതിയിൽ മിഥ്യയാണ് അത് ഭഗവത് സ്വരൂപം രീതിയിൽ സത്യമാണ് നിങ്ങൾ എപ്പോ ഇതിന് ജഡപദാർത്ഥം എന്ന് കരുതുന്നു അസത്യമായിപ്പോയി മാറ്റർ ആയിപ്പോയി ഈ വസ്തുക്കളൊക്കെ എന്താ കെമിക്കലാണ് മോളിക്യൂളാണ് ആട്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വിചാരിക്കുന്നത് ഇയാൾ അതിന്റെ തത്വമറിഞ്ഞു എന്നാണ് അന്നാദേവഖൽ വിമാനി ഭൂതാ നിജായ അവിടെ എത്തിയുള്ളൂ പക്ഷെ അവിടെ എത്തിയിട്ട് ഇയാൾ ധരിക്കുകയാണ് എന്റെ അന്വേഷണം അവസാനിച്ചിരിക്കണം വിജിജ്ഞാസ തീർന്നു പോയിരിക്കണമെന്ന് അസത്യം അപ്രതിഷ്ഠം ദേ ജഗദാഹുര അനീശ്വരം ഈശ്വരൻ എന്നൊന്നും സാധനമൊന്നുമില്ല പക്ഷെ ഇല്ല എന്ന് പറഞ്ഞിരുന്നാൽ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുമോ പേടിയെന്ന് തോന്നി പലപ്പോഴും വളരെ രസമാണ് യുക്തിവാദം പറഞ്ഞ് നടന്ന ആളുകൾ നേരെ നല്ല അദ്വൈത വേദാന്തത്തിലേക്കൊന്നും വരില്ല അവര് നേരെ പോണത് പിന്നെ ചാത്തൻ മാടൻ തൊട്ട് തുടങ്ങേണ്ടി വരും നിങ്ങള് ചരിത്രം പലപ്പോഴും ശ്രദ്ധിച്ചാൽ കാണാം ഒരു കാലത്തില് കേരളത്തിൽ യുക്തിവാദത്തിന്റെ ചുഴലിക്കാറ്റ് അയച്ചുവിട്ട പലരും അമ്പലങ്ങൾ തീ കത്തിക്കണം അമ്പലങ്ങൾ ഈ ആരാധനയൊന്നും പാടില്ല ഈശ്വരൻ എന്നൊന്നും ഇല്ല എന്നൊക്കെ വിളിച്ചു കൂവിയവര് അവരെഴുതിയ പുസ്തകങ്ങളൊക്കെ ഇന്ന് പ്രാമാണികമായി വിറ്റഴിക്കപ്പെടുന്നുണ്ട് പക്ഷെ അവരൊക്കെ ഒരു അറുപത് വയസ്സിന് ശേഷം യാഗവും യജ്ഞവും പൂജയും ഭാഗവതമൊക്കെ ആയിട്ട് നടന്ന ആളുകളാണ് ആ കഥയൊന്നും പുറത്തില്ല അവരെഴുതി വെച്ചതൊക്കെ കിടക്കുന്നുണ്ട് ലോകചരിത്രം മുഴുവൻ ഇങ്ങനെയാണ് സ്വഭാവം വളരെ പ്രസിദ്ധനായ ഒരു ജർമ്മൻ മെസ്റ്റിക് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ്റെ കഥയിതാണ് വളരെ പ്രസിദ്ധനായ യുക്തിവാദിയായിരുന്നു ഈ ജർമൻ മിസ്റ്റിക്കിനെ മാക്സിമം ധ്വംസനം ചെയ്ത ആളാണ് പത്രങ്ങളിലും മറ്റുമൊക്കെ അവസാന കാലായി ഇദ്ദേഹത്തിന് ഒരു ആഴ്ചയ്ക്കുള്ളിൽ ശരീരം വിടേണ്ടി വരുമെന്നുള്ള സ്റ്റേറ്റ് അപ്പോഴാണ് വല്ലാത്ത പശ്ചാത്താപം തോന്നിയത് വേദന തോന്നി നേടിയെടുത്തതൊക്കെ വെറും ബ്ലഫാണെന്ന് തോന്നി അപ്പോ ഈ യോഗി പറഞ്ഞതൊക്കെ തന്റെ മുമ്പിൽ അവസാനം കരഞ്ഞുകൊണ്ട് കിടക്കേ കിടന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് അദ്ദേഹത്തിനൊന്ന് കാണണം അദ്ദേഹം എന്നെ കാണാൻ വരുവാമോ ഗുഡ് ജെഫിനെ എനിക്ക് കാണണം കാണാൻ വരുമോന്ന് ഇയാളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ചെന്ന് പറയൂ എനിക്ക് കാണണം വല്ലാത്ത ആഗ്രഹം ഇയാളുടെ കൂട്ടുകാരൻ ചെന്ന് ആ യോഗി വിളിച്ചാൽ വരുമോ എന്ന് ആശിക്കുമ്പോൾ അയാൾ വീട്ടിന് മുമ്പിൽ കാത്തോണ്ട് നിൽക്കുക അത്ര ഇവൻ എന്നെ വിളിക്കുന്നത് എനിക്ക് അറിയാവുന്നതാണ് അവനെന്നെ എതിർക്കുമ്പോ തന്നെ അറിയാം അവസാന കാലത്ത് അവനെ അവനി അവനെ എന്നെ വേണ്ടിവരും അവസാനം യോഗി വരികയാണ് വന്നിട്ട് ഇയാൾക്ക് കുറെ അടുത്തിരുന്ന് തത്വോപദേശം ചെയ്തു മരിക്കുന്നതിന് മുമ്പ് മനസ്സിന് നല്ല സമാധാനമായി അപ്പൊ ഇയാള് പറയാണ് നിങ്ങൾ പറഞ്ഞ സിദ്ധാന്തങ്ങളെയൊക്കെ എതിർത്ത് ഞാൻ ഒരുപാട് പുസ്തകം എഴുതി പത്രങ്ങളിലൊക്കെ എഴുതി പ്രചരിപ്പിച്ചു പക്ഷെ എന്റെ സിദ്ധാന്തം മുഴുവൻ മരണമെന്നുള്ളത് എന്റെ മുമ്പിൽ വന്ന് നിന്ന് പൊക്കെ വീണുപോയി അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എനിക്ക് ശാന്തി ഉണ്ടായി പക്ഷെ ഈ തിരിച്ചറിവ് ഈ തിരുത്തല് തെറ്റുതിരുത്തല് എഴുതാൻ എനിക്കിപ്പോൾ സമയമില്ല ഞാനിപ്പോ മരിച്ചുപോവാണ് എന്ത് ചെയ്യും ആ യോഗി പറയണം ഒരു കുഴപ്പമില്ല നീ എതിർക്കുമ്പോ തന്നെ എനിക്കറിയാം നനക്ക് എന്നെ വളരെ ആവശ്യം വരുമെന്നും നീ എഴുതിയ പുസ്തകമുണ്ടല്ലോ അതൊക്കെ വായിച്ച് നന്നെ പോലെ തലതിരിഞ്ഞു പോവേണ്ട പ്രാരംഭമുള്ള കുറെ ആളുകളുണ്ട് അവർക്ക് അതൊക്കെ ചെയ്തത് അത് ആ ഡസ്റ്റിനി ഉള്ളവർ കുറെയുണ്ട് അവരും എന്നെ പോലെ തന്നെ വട്ടം കറങ്ങി ഇങ്ങോട്ട് വന്നോളും പേടിക്കുന്നു വേണ്ട അതുകൊണ്ട് നീ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല നീ ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്തു തീർത്തു കഴിഞ്ഞു ഇപ്പോ നിന്റെ കാല കരി കാര്യം കഴിഞ്ഞു നീ അറിയേണ്ടത് സ്വസ്ഥമായിട്ട് ശരീരം വിട്ടു പോവുക പലപ്പോഴും യുക്തിവാദമൊക്കെ അവസാനിക്കുന്നത് ഇവിടെയാണ് അസത്യം ഈ ലോകമുണ്ടല്ലോ അതിനൊരു ഇരിപ്പിടമല്ല ധർമ്മം അധർമ്മം എന്നുള്ളതൊന്നുമില്ല ധർമാധർമ്മോ പ്രതിഷ്ഠ അതാ അപ്രതിഷ്ഠം ധർമ്മം എന്ത് ധർമ്മം എന്ത് അധർമ്മം തോന്നിയ പോലെ ജീവിക്കൊന്നും കാര്യമില്ല ചിലപ്പോ നല്ല ആളുകൾ തന്നെ പറയും ജീവിതത്തിന് ഇത്തിരി വിഷമിച്ച ഭക്തിയും നാമം ജപിച്ചിട്ടൊന്നും കാര്യമില്ല കണ്ടില്ലേ ഓരോ തോന്നിയവാസികൾ ജീവിക്കണത് അതുപോലെ ഇങ്ങോട്ട് ജീവിക്കണം അപ്രതിഷ്ഠിതം ജഗദാഹുര അപ്രതിഷ്ഠിതം ജഗദാഹുരനീശ്വരം ഈ ജഗത്തിനൊരു ഈശ്വരനില്ല ധർമാധർമ്മ സവ്യപേക്ഷക അസ്യ ശാസിത ഈശ്വര ന വിദ്യത്തെ അതാ അനീശ്വരം ജഗത് ഇതിന് ഈശ്വരൻ ഇല്ലെന്നും അപരസ്പര സമ്പൂതം സ്ത്രീ പുരുഷന്മാരുടെ സംയോഗം കൊണ്ട് ഇവിടെ എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് സ്ത്രീയുടെയും പുരുഷന്റെയും സംയോഗം കണ്ട് ഉണ്ടാവുന്നതാണ് ഇവിടുത്തെ എല്ലാ വസ്തുക്കളും അങ്ങനെയാണെങ്കിൽ സൂര്യനും ചന്ദ്രനും ഒക്കെ എങ്ങനെ ഉണ്ടായി അതിനൊക്കെ മൂലകാരണമായിട്ടുള്ള വസ്തു എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമില്ല മാത്രമല്ല സ്ത്രീ പുരുഷ സംയോഗം കൊണ്ട് എല്ലായിടത്തും കുഞ്ഞുങ്ങൾ ഉണ്ടാവണുണ്ടോ സൃഷ്ടി നടക്കണോ സൃഷ്ടിക്ക് കാരണം അതിന്റെ മൂലം എവിടുന്ന് വരുന്നു ചിലർക്ക് മാത്രം സ്ത്രീ പുരുഷ കല്യാണം കഴിച്ച് ജീവിക്കുക എന്ന് പറയണത് ഒരു ജീവൻ ഈ ലോകത്തിലിറങ്ങി വരാനൊരു കാരണം മാത്രമാണ് ഒരു ഹേതു മാത്രാണ് ചില ജീവനൊക്കെ സംയോഗം നടക്കും സ്വയം പൊട്ടിപ്പുറപ്പെടും മഴക്കാലത്ത് മഴ പെയ്യുമ്പോ ചിലതൊക്കെ പക്ഷികൾ കൊണ്ടിടാതെ ഇടിമിന്നുമ്പോ ചില വിത്തുകള് സ്വയമേവ ഭൂമിയിൽ പ്രവേശിച്ച് ഔഷധികള് ദിവ്യഔഷധികളൊക്കെ മുളയ്ക്കും അതിനൊന്നും ഒന്നിന്റെ സംയോഗം വേണ്ട സദ്യോജാതമായിട്ടുള്ള സൃഷ്ടികൾ ധാരാളം വേണ്ട അവിടെ അവിടെ ജനിക്കും ഇതൊന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല പക്ഷേ ഈ യുക്തിവാദികൾ എന്ത് പറയണോ അപരസ്പര സംഭൂതം കാമഹേതുകം ലോകം എന്തിനാ നമ്മളുടെ കാമപൂർത്തിക്കാണ് ഇഷ്ടം പോലെ സുഖഭോഗം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ലോകം അതുകൊണ്ട് എൻജോയ് ഇഷ്ടം പോലെ ജീവിക്കുന്നതാണ് അച്ഛനും അമ്മമാര് പോലും മക്കളെ പഠിപ്പിക്കുന്നത് ഈ വിധത്തിലാണിപ്പോ പിള്ളേർ അങ്ങനെയൊന്നും അല്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ് പ്രത്യേകിച്ച് അരിസ്റ്റോക്രാക്രാറ്റിക് സൊസൈറ്റി നമുക്ക് ഇപ്പൊ തിരുവനന്തപുരത്തൊന്നും അത്ര കണ്ട് വന്നിട്ടില്ല കുറച്ച് അങ്ങടെ എറണാകുളത്ത് വന്നു കിഞ്ഞു ബലമായിട്ട് ഡൽഹിയും ബോംബെയും ഒക്കെ നിങ്ങൾക്ക് കാണാം അവിടെ ഇപ്പോഴും ആളുകൾ ഭക്തി ഭാഗവതമൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ എന്നാണ് നമുക്ക് ആശ്ചര്യം അത് കാണുമ്പോഴാണ് നമുക്ക് ഇതൊന്നും ഇളങ്ങില്ല എന്നുള്ളൊരു ധൈര്യം വരുന്നത് പക്ഷെ വേറെ ഒരു വശത്ത് നമ്മൾ കാണാൻ അച്ഛനമ്മമാര് പോലും കുട്ടികളെ കുട്ടിക്കാലം മുതൽ ഫീഡ് ചെയ്യുന്നത് അരിസ്റ്റോക്രസിയുടെ വശാണ് കുട്ടികൾക്കറിയില്ല കുട്ടിക്കാലം മുതൽ അവരുടെ കൺമുമ്പിൽ കാണുന്ന ടിവിയും ഇവരുടെ സമൂഹവും രാത്രിയായ ചൊടല ഭദ്രകാളിയുടെ കൂട്ടുള്ള ഡാൻസും പാട്ടും എന്തിനാന്ന് വെച്ചാ പേരക്കുട്ടിക്ക് പിറന്നാള് നാട്ടിലുള്ളവരെയൊക്കെ വിളിച്ചിട്ട് ബിൽഡിങ്ങിന്റെ മേലെ ഡാൻസ് രാത്രി സമയത്ത് ഒരാൾ കുറങ്ങാൻ പറ്റില്ല ഭാഗവത സപ്താഹം കഴിഞ്ഞ് വന്ന് രാത്രി കിടക്കാന്ന് വെച്ചാൽ ബഹളമോ ബഹളം ഒരു സ്ഥലത്ത് എന്താന്ന് വെച്ചാൽ ആരുടെയോ വീട്ടിൽ ഒരു കുട്ടിക്ക് പിറന്നാള് ആകെ പാട ബഹളവും ഇതാണ് നമ്മളുടെ അരിസ്റ്റോക്രാറ്റിക് സൊസൈറ്റി എന്ന് പറയുന്നത് So-called കൾച്ചേർ society. ഇവര് ഇതിന്റെ ഇടയിലാണ് ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് കാരണം ഇവർക്ക് സുഖം എന്താണെന്ന് അറിയില്ല ശാന്തി എന്താണെന്ന് അറിയില്ല ഹൃദയത്തിന്റെ കവാടം തുറന്നിട്ടില്ല ആഴങ്ങളിലുള്ള ശീതളത അനുഭവിച്ചിട്ടില്ല സർഫസിൽ പെരിഫറിയിൽ മാത്രമാണ് അതുകൊണ്ട് തുള്ള ചാടുക ഇതൊക്കെ പരിഹരിക്കാനാണെന്ന് തോന്നുന്നു പഴയകാലത്ത് ഈ കൊടുങ്ങല്ലൂർ പോയിട്ട് അവിടെയെങ്കിലും തുള്ളട്ടെ എന്ന് വെക്കണത് ഈ വാസന കുറെ വെറുതെയല്ല അവിടെ പോയി തുള്ളിയിട്ടെങ്കിൽ തീർത്തോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേ ഇക്കപ്രതി ഇല്ലാതാക്കും നമ്മളെ അവർക്ക് തുള്ളാനും ഒരു ഗ്രൗണ്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നല്ലവണ്ണം തുള്ളിയിട്ട് വന്നാൽ പിന്നെ ഒരു വർഷത്തേക്ക് തുള്ളില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് തുള്ളാൻ അവരെ ഒരു സ്ഥലത്തെ വിട്ടാക്കണം ഇല്ലെങ്കിൽ ഈ സമൂഹം നന്നാക്കാൻ പറ്റില്ല അതുകൊണ്ട് തുള്ളാൻ ഏർപ്പാടാക്കി കൊടുക്കണ ഒരു സ്ഥലമാണതൊക്കെ അപ്പൊ അങ്ങനെ ഒരു തരത്തില് ിമന്യ കാമഹേതുക്കം നമ്മളുടെ ഭോഗത്തിന് വേണ്ടിയാണ് എല്ലാ സിനിമകളും നോക്കും എന്ത് കഥയാളുള്ളത് എല്ലാ സിനിമയും ഡ്രാമയും കാവ്യങ്ങളും ഒക്കെ തന്നെ ഒരു പുരുഷൻ വേണം ഒരു സ്ത്രീ വേണം എനിക്ക് എപ്പോഴും ചോദിക്കാനുള്ളത് നിങ്ങൾക്കൊരു മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കഥ എടുത്തുകൂടിയോ എന്താ ഒരു മുത്തശ്ശൻ മുത്തശ്ശി വയസ്സായ ആളുകളുടെ ഒരു കഥ അതെന്താ എടുക്കാത്ത ഓടില്ല അപ്പോ നിങ്ങളുടെ സിനിമയുടെയും ഇതിന്റെ രസത്തിന്റെ പുറകിൽ മുഴുവൻ ഒറ്റ വാസനയെ ഉള്ളു കിമന്യത് കാമഹൈതുകം അത്രേ ഉള്ളൂ അല്ലാതെ വേറൊന്നും അതിന് പുറകിൽ ഇല്ലാന്നർത്ഥം കഴമ്പ് അല്ലാതെ അത് കാവ്യമാണെന്നും സൃഷ്ടിയാണെന്നും അതിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടെന്നൊന്നും പറയാൻ ഒക്കില്ല നിങ്ങളുടെ വാസന അപ്രാകൃതമായ വാസനയെ ഉള്ളു അല്ലെങ്കിൽ വയസ്സായ റിട്ടയറായ കുറെ വയസ്സായ ആളുകളുടെ ഒരു കഥ അതെടുത്തോളിയോ പല്ലുപോയ മുത്തശ്ശിയെ ഹീറോയിൻ വെച്ചിട്ട് കഷണ്ടിയായി നടക്കാൻ പറ്റാത്ത ഒരു മുത്തശ്ശൻ ഹീറോ ആയിട്ട് വെച്ചിട്ട് ഒരു കഥ എടുത്തുടയോ അതുകൊണ്ട് എന്താ ചെയ്യാതെ അപ്പോ ഒരു വിധത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നത് ചെറുപ്പക്കാർക്ക് മാത്രമേ ലോകത്തിൽ ജീവിക്കാൻ അധികാരമുള്ളൂ എന്നുള്ള മട്ടിലാണ് ഇപ്പോ പ്രഖ്യാപനം അപ്പോ ഇത് പ്രാകൃതമായ നമ്മളുടെ വാസനയുടെ പ്രകടനം മാത്രമാണ് ലോകത്തിലുള്ളത് അല്ലാതെ ഇതിൽ കൾച്ചർ ഒന്നുമില്ല ഇതിൽ സംസ്കാരമൊന്നുമില്ല കൾച്ചർ എന്ന് നമ്മൾ പേര് വരുത്തിക്കുകയാണിതിന് ഇത് അങ്ങനെ പോവാണ് ഭഗവാൻ ഏതാം ദൃഷ്ടിം അവഷ്ടഭ്യ നഷ്ടാത്മാനോ അൽപ്പബുദ്ധയ പ്രഭവന്തീ ഉഗ്രകർമാണ ക്ഷയായ ജഗത അഹിത ഋഷികൾ പരമ്പര പരമ്പരയായി തന്നിട്ടുള്ള ധർമ്മശാസ്ത്രം ജീവിത പദ്ധതി മുഴുവൻ തകർത്ത് തരിപണമാക്കാൻ ീ ആസുരീവാസന ഉള്ള ആളുകളുടെ ദൃഷ്ടിയെ സ്വീകരിച്ച് നഷ്ടാത്മാനഹ ബുദ്ധി കേടുവെന്ന് പോയവര് അല്പബുദ്ധയ അവർക്ക് ബുദ്ധിയൊന്നുമില്ല അവര് പ്രഭവന്തി ഉഗ്രകർമാണഹ എന്നാണ് ഉഗ്രകർമ്മങ്ങൾ ചെയ്യാൻ പുറപ്പെടുവത്ര ഉഗ്രകർമ്മങ്ങള് അതായത് ഇനി വരാൻ പോകുന്ന ജനറേഷനെ നശിപ്പിക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തു വയ്ക്കും എന്നാണ് സ്ത്രീകൾക്ക് ധർമ്മം പോയി പോയാൽ സമൂഹം തകിടം അറിയും ധർമ്മം വിട്ട് കഴിഞ്ഞാൽ സമൂഹം തരി പുരുഷന്മാരെ ഒരു കാലത്തും വലുതായിട്ടൊന്നും ആശ്രയിച്ചിട്ടില്ല ഭാഗവത് പറയണേ എവിടെ സ്ത്രീകള് പൂജിക്കപ്പെടുന്നു അവിടെ എല്ലാം ഉണ്ടെന്നാണ് മനു എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാ സ്ത്രീകൾക്ക് ധർമ്മത്തിന്റെ നില വിട്ടുപോയാൽ സമൂഹം തകിടം അറിയും അതുകൊണ്ട് ഒരു അമ്മ ബലമായിട്ട് നിന്നാൽ ഒരു കുടുംബത്തിൽ അമ്മയുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു അമ്മ കുട്ടിക്ക് കൊടുക്കേണ്ടത് ഭാഗവതവും ഗീതയും ഭക്തിഗ്രന്ഥങ്ങളും നാമസങ്കീർത്തനവും ഇതൊക്കെയാണ് വേണ്ടത് ഇനി വരുന്ന സമൂഹത്തില് ഇതൊക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിപ്പ് പഠിപ്പ് പഠിപ്പ് മാത്രം കൊടുത്തു ഒരു കാര്യമില്ല അമേരിക്കയിലൊക്കെ പല സ്ഥലങ്ങളിലും കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കൽ നിർത്തി തുടങ്ങിയിരിക്കുന്നു എന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക് കുടുംബത്തിലുള്ള പ്രിയം പോയി സാമൂഹികമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി പോയി കുറച്ച് വയസ്സ് കഴിയുമ്പോഴേക്കും പിടിയിൽ നിന്ന് വിട്ടുപോകണമെന്ന് പറഞ്ഞ് കുട്ടികളെ സ്കൂളിൽ അയക്കാതെ ഡീ വീട്ടിലിരുത്തി പഠിപ്പിക്കുക അങ്ങനെ ചിലവരൊക്കെ തുടങ്ങിയിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സംസ്കാരം വേണമെങ്കിൽ കലന്നുപോവാതെ നോക്കണം എന്നാണ് ഇനി നമ്മളുടെ അവിടെ സാധ്യമല്ല ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നിക്കാസ് വരെ ഞങ്ങൾ പറയുന്ന വിഡ്ഢിത്തങ്ങളൊക്കെ പഠിപ്പിക്കണം നാല് രാഷ്ട്രീയക്കാരും ആരെയിരുന്നിട്ട് പാഠപുസ്തകങ്ങളൊക്കെ അവർ കൈവെക്കും അവര് പറയണതൊക്കെ പഠിപ്പിക്കണം അതാണ് പറയണത് നമ്മൾ ഇതിന്റെ ഉള്ളിലാണ് വി ആർ ഇൻസൈഡ് ദ ഫീൽഡ് ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ് ഇതിന്ന് പുറത്തു വരണമെങ്കിൽ സമ്പത്തിനെ ആശ്രയിക്കണം ഭഗവത് കൃപയെ ആശ്രയിക്കണം എന്നാലേ പുറത്തു വരാൻ പറ്റുള്ളൂ ഈ ആസുരീ സമ്പത്തിനെ ആശ്രയിക്കുന്നവരെ ഏതാം ദൃഷ്ടിം ആശ്രിക്ക് നഷ്ടസ്വഭാവാഹ വിഭ്രഷ്ട പരലോക സാധനാഹ ശരീരം വിട്ടു പോകുന്ന പരലോക സാധനമൊക്കെ നഷ്ടപ്പെട്ടു പോയവര് അല്പബുദ്ധയഹ അവര് ഹിംസാത്മക്കാഹ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യും ഉഗ്രകർമാണ നോക്കൂ ഒരു ടെററിസം പറഞ്ഞു വളർത്തുകയാണ് അഫ്ഗാനിസ്ഥാനും മറ്റുമൊക്കെ കുട്ടികൾക്ക് കൊച്ചു കുട്ടിക്ക് മുതൽ വലിയ തോക്കൊക്കെ കയ്യിൽ കൊടുത്തിട്ടാണ് വളർത്തണത് ഹിംസിക്കാൻ വേണ്ടതൊക്കെ പഠിപ്പിച്ചു കൊടുക്ക പ്രഭവന്ത്യ ഉഗ്രകർമാണ ക്ഷയായ ജഗത ജഗത്തിലെ ധർമ്മം ക്ഷയിക്കാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ഈ ആസുരി സമ്പത്തുള്ളവര് ചെയ്തു നിർക്കും ചുരുക്കത്തില് അധ്യാത്മയാത്ര മുന്നോട്ട് പോകാൻ വിഷമം ഇപ്പൊ ഇത്രയും പറഞ്ഞു കഴിയുമ്പോ തന്നെ പതിവായി സത്സംഗത്തിലിരിക്കുന്നവർക്ക് തോന്നും എന്തിനാ ഇതൊക്കെ പറഞ്ഞു തന്നു എന്തിനാ പറഞ്ഞറിയോ ഇത് നമ്മളുടെ ഉള്ളിൽ പോകണം ലോകത്തിനെ നമ്മളുടെ ഉള്ളിൽ എവിടെങ്കിലുമൊക്കെ ലോകത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ള വാസനയുണ്ടെങ്കിൽ നമ്മളുടെ ദൃഷ്ടി അന്തർമുഖമാവില്ല സമൂഹം മുഴുവൻ തലതിങ്ങിരിക്കണോ നമ്മുടെ മുമ്പിൽ കാണുമ്പോ ഈ ആസുരീ സമ്പത്തിന്റെ കൂത്ത് കാണുമ്പോ നമുക്കറിയാം നമ്മൾ ഇവിടേക്ക് കൊള്ളില്ല എന്നറിയാം യൂ എം യൂ വയം വയം എന്നറിയാം ഒരു ഭക്തൻ പറഞ്ഞു അർത്ഥകാമപരാ ണപരാ വയം തസ്മാത് സർവേഷു കാലേഷു യൂയം യൂയം വയം വയം നിങ്ങൾക്ക് പണവും കാമപൂർത്തിയും ഒക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് ഭഗവാനാണ് മുഖ്യം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളായിട്ടിരുന്നോളൂ ഞങ്ങൾ ഞങ്ങളായിട്ടിരുന്നോളാം നമ്മൾ തമ്മിൽ ചേരില്ലെന്ന് എപ്പോഴാണോ ഇതറിയണത് അപ്പോ നമ്മൾക്ക് ശാന്തിയായി ഇനി നമുക്ക് ലോകത്തിൽ ഒന്നും കൊടുക്കാനും ഇല്ല വാങ്ങാനും ഇല്ല ഒന്നും വെളുപ്പിക്കാൻ പോണ്ട നിങ്ങൾ ദൈവീ സമ്പത്തിനെ ആശ്രയിച്ചുള്ള ആസുരീ സമ്പത്തുള്ളവനെ തിരുത്താനൊന്നും പോണ്ട അവൻ പെട്ടെന്നൊന്നും മാറി തരില്ല ഭഗവത് ഭക്തിയും ആരാധനയുമാണ് നമ്മളുടെ ധർമ്മമെന്നറിഞ്ഞ് ഭഗവൻ നാമജപത്തിലും ഭക്തിസാധനയിലും നാമസങ്കീർത്തനത്തിലും ആത്മവിചാരത്തിലും സദ്ഗ്രന്ഥ പാരായണത്തിലും ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടിരുന്നാൽ നമ്മളുടെ ജീവിതം കൃതകൃത്യമാകും നമ്മൾക്ക് ദൈവീ നമുക്കുള്ള ദൈവീ സമ്പത്ത് നമ്മളെ പൂർണ്ണതയിലെത്തിക്കും അത് മാത്രമാണ് നമ്മൾ നോക്കാനുള്ളത് അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ ആസുരി സമ്പത്തിനെ വീണ്ടും പറയണത് നോക്കൂ അടുത്ത ശ്ലോകം നോക്കൂ കാമമാശ്രിത്യ ദുഷ്പൂരം ദമ്പമാനമതന്വിതാഹം കാമിത്യ ദുഷ്പൂരം ഈ ആഗ്രഹങ്ങളെ മാത്രം കംപ്ലീറ്റ് ആയിട്ട് ആർക്കും പൂർത്തിയാക്കാൻ പറ്റില്ല തീയില് നെയ്യ് ഒഴിച്ചിട്ട് തീ എപ്പോഴെങ്കിലുമൊക്കെ ശമിക്കുവോ യഥാ കൃഷ്ണവർത്തമൈവ ഭൂയേവ അഭിവർത്തേ മനു മനുസ്മൃതിയിൽ പറഞ്ഞു കാമഹ കാമാനാം ഉപഭോഗേനങ്ങളൊക്കെ അങ്ങോട്ട് അനുഭവിച്ച് തീർത്തുകളൊരാൾ തീരുമാനിക്കുകയാണെങ്കിൽ അതുപോലെ ഒരു വിഡിതരം ഇല്ല കാരണം അനുഭവിച്ചിട്ട് തീര്യാ ഇന്ദ്രിയങ്ങൾക്ക് ബലമൊക്കെ കുറയും പക്ഷെ തിന്നാനുള്ള ആശ മാത്രം ബാക്കി നിൽക്കും മുറുക്കും തിന്നാനുള്ള ആഗ്രഹം ഉണ്ടാവും പല്ലും മാത്രം ഉണ്ടാവില്ല എന്ത് ചെയ്യും ഈ പ്രസംഗം നിന്ന് കൃപാനന്ദ വാര്യർ അദ്ദേഹം പറയും പല്ല് പോകുന്നതിന് മുമ്പ് മുറുക്ക് തിന്നാനുള്ള ആഗ്രഹം വിടണം അല്ലെങ്കിൽ മുറുക്കും ഉണ്ടാവും ആഗ്രഹം ഉണ്ടാവും പല്ല് മാത്രേ ഉണ്ടാവില്ല ബുദ്ധിമുട്ടാവും എന്നാണ് അതുപോലെ ലോകത്തിലുള്ള വിഷയങ്ങളോടുള്ള ആസക്തിയെ മുൻകൂട്ടി അങ്ങോട്ട് ഉള്ളുന്ന തൃഷ്ണ പോണം അല്ലെങ്കിൽ ദുഷ്പൂരം കാമമാശ്രിത്യ തീർത്താ ആഗ്രഹങ്ങളാണ് അതിനെ ഉള്ളിൽ വെച്ചുകൊണ്ട് ദമാന മതാൻവിതാ ദമ്പ്മാന മത ഇവനെ കാണിച്ചുകൂട്ടലുണ്ട് അഹങ്കാരം അഭിമാനമുണ്ട് പോരായ്മയ്ക്ക് അറഗൻസും ഉണ്ട് ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല ഞാനെന്തിനാ മറ്റുള്ളവർ പറഞ്ഞാൽ കേൾക്കണത് എന്നുള്ള മട്ടില് വെച്ചുകൊണ്ട് ദമ്പശ്ചമാനശ്ച മതശ്ശ ദമ്പന മതാഹ തൈ അന്വിതാ മോഹാത്ത് അവിവേകത ഗൃഹീത്വ അവിവേകം കൊണ്ട് അസദ്ഗ്രഹാന് ഇല്ലാത്തതായ വസ്തുക്കളെ അശുഭവസ്തുക്കളെ പിടിച്ചുകൊണ്ട് പ്രഹ്ലാദൻ ഹിരണ്യകശിപു ചോദിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ വളരെ സന്തോഷമായി പ്രഹ്ലാദന് ഹിരണ്യകശിപ്പു ചോദിച്ചു കുഞ്ഞേ നീ എന്താ പഠിച്ചത് എന്ന് ചോദിച്ചപ്പോ തത് സാധുപര്യേം തത് സാധു സദാ സമുദ്ഗ്നധിയാം അസദ്ഗ്രഹാത് ഹിത്വാത്മപാതം ഗൃഹമന്ധകൂപം വനം ഗതോ യത് ഹരി ആശ്രയേത ഹേ അസുരവര്യ തത് സാധു മന്യേ ഏറ്റവും നല്ലത് ഞാൻ പറയാം ദേഹിനാം ഈ ശരീരധാരികളായിട്ടുള്ള നമ്മൾക്ക് ഏറ്റവും നല്ലത് എന്താ അറിയോ സദാസമുദ്വിഗ്നധിയാം നമ്മളുടെ ബുദ്ധി മനസ്സ് എപ്പോഴും ചഞ്ചലാണ് അതിന് കാരണം എന്താ വെച്ചാൽ അസത്ഗ്രഹാത്ത് സത്തിനെ പിടിച്ചാൽ മനസ്സ് ശാന്തമാവും അസത്തിനെ പിടിച്ചാൽ മനസ്സ് ചഞ്ചലാണ് നാസത്തോ വിദ്യതേ ഭാവ അസത്ത് നിൽക്കില്ല ചലിച്ചുകൊണ്ടേയിരിക്കും എത്ര കാലം വെച്ചുകൊണ്ടിരിക്കും ഏറ്റവും നല്ല സാരി ഇപ്പൊ കണ്ടു അത് വാങ്ങിച്ചുകൊണ്ടു ഇതോടെ നിൽക്കുക നല്ല സാരി നാളെ കാണും ഏറ്റവും നല്ല പണ്ടം വാങ്ങിച്ചു ധരിച്ചു ഇതോടെ അവസാനിച്ചോ ഇതിനേക്കാളും പുതിയ ഒരു പാറ്റേണ് വന്നു എത്ര കാലം വാങ്ങിക്കും എത്രകാലം ഈ ആഗ്രഹങ്ങളൊക്കെ തീർത്തോണ്ടിരിക്കും അസദ്ഗ്രഹാന് അലക്സാണ്ടർ ചക്രവർത്തി ലോകം പിടിച്ചടക്കാൻ തുറപ്പെട്ടു എത്ര സ്ഥലം പിടിച്ചെടുക്കും പിടിച്ചടക്കി അങ്ങോട്ട് പോകുമ്പോഴേക്കും ഇയാള് പിടിച്ചു നിർത്തിയ രാജ്യങ്ങളൊക്കെ വിട്ടുപോവാണ് ഭാരതത്തില് വന്ന് അവസാനം മഗതയുടെ മുമ്പില് നീ യുദ്ധത്തിന് പുറപ്പെടണില്ലാന്ന് അവിടെ തീരുമാനിച്ചു തീരുമാനിച്ച് തിരിച്ചു പോകുമ്പോ പറയാണ് ഞാൻ മരിച്ചു പോകുമ്പോൾ പോണ വഴിയില് എന്റെ രണ്ട് കൈയും നിവർത്തി വെക്കണം പോകുമ്പോ ഒന്നും കൊണ്ടുപോയില്ല എന്ന് ലോകം അറിയണം ലോകം പിടിച്ചെടുക്കാൻ പുറപ്പെട്ട അതാണ് അസത്ഗ്രഹാൻ ഇവരെയൊക്കെയാണ് നമ്മൾ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞു എഴുതണത് സർവസംഘ പരിത്യാഗികൾക്കാണ് ഗ്രേറ്റ്നെസ് അല്ലാതെ വിഡികളായിട്ട് ലോകത്തില് പുറമേയുള്ള സാമ്രാജ്യത്തിന് ഉണ്മയെന്ന് കരുതി പിടിച്ചടക്കാൻ പുറപ്പെടുന്നവൻ എന്ത് ഗ്രേറ്റ്നെസ്സാ ഉള്ളത് അതിനേക്കാളുമൊക്കെ പെൻഷൻ പച്ചക്കറിയും വാങ്ങി അരിയും വാങ്ങി പാചകം ചെയ്ത് വീട്ടില് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നവൻ എത്രയോ ഗ്രേറ്റ് ആണ് അലക്സാണ്ടറിടുത്തെ ഗ്രേറ്റ് അല്ല പറയേണ്ടത് അലക്സാണ്ടർ ഒക്കെ അസുരന്മാരുടെ കൂട്ടത്തിൽപ്പെടുത്തേണ്ടതാണ് ആരെങ്കിലും ഒക്കെ ഗോവിന്ദൻകുട്ടി നായർ ഗ്രേറ്റ് പങ്ങുണ്ണി നായർ ഗ്രേറ്റ് എന്നൊക്കെ പറയാം എന്താണെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല അദ്ദേഹം ആരാവോ അറിയില്ല അദ്ദേഹം ആരും ഉപദ്രവിക്കാത്ത സമാധാനമായിട്ട് നാമം ജപിച്ചിരിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് വേണ്ടത് അടങ്ങിയിരിക്കണം ശാന്തമായിട്ട് കാമമാശ്രിത്യ ദുഷ്പൂരം ദമ്പമാന മതാൻവിതാ ഗ്രഹീത്വ അസദ്ഗ്രഹാന് പ്രവർത്തന്റെ അശുചി വ്രതാഹ മോഹാദ് ഗ്രഹിത്വ ഇല്ലൂഷനാണ് ഭ്രമാണ് അവരെന്തിനാ ഇതിനൊക്കെ പുറകിൽ ഓടണം അവർക്ക് തന്നെ അറിയില്ല ആളുകൾ ഈ ഗിന്നസ് ബുക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനുള്ളിൽ കയറാൻ വേണ്ടി എന്തൊക്കെയാ കാണിക്കണം അറിയോ എന്തൊക്കെയോ കാണിക്ക നഖം വളർത്തി ഒരു കിലോമീറ്റർ ദൂരത്തേക്ക് വളർത്തുക അമേരിക്കയിലൊക്കെ ആവുമ്പോ അവര് ചെയ്യുന്നത് വളരെ ഭയങ്കരമായിട്ടുള്ള കാര്യമാണ് ഒരു മലയുടെ മേലെ വേറെ ഒരു മലയ്ക്ക് ഒരു കമ്പി കെട്ടി അതിന്റെ മേലെ കൂടെ നടക്കും നമ്മുടെ ആളുകൾ അതിനൊന്നും മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് നഖം വളർത്ത തലമുടി വളർത്ത ധാരാളം ഭക്ഷിക്കാ എന്താണ് നീ അച്ചീവ് ചെയ്യണത് എന്താണ് നേടിയെടുക്കുന്നത് അതിന്റെ ഉള്ളിൽ പേര് വന്നു ശരി എന്നിട്ടോ അതിൻ്റെ ഉള്ളിൽ പേര് വന്നാൽ നീ സുഖമായിട്ട് ഉറങ്ങുവോ ആ പുസ്തകത്തിനുള്ളിൽ പേര് വന്നാൽ നീ ഊണ് കഴിച്ചത് ജീർണിക്കോ വയറ്റുവേദനയോ തലവേദനയോ മാറുവോ പുറത്തുള്ള അറ്റൈൻമെന്റ് ഒന്നും ഇപ്പൊ നിങ്ങൾ ഇത്രയും പേരെ എന്റെ മുമ്പിൽ ഇരിക്കുന്നു ഇതിന് പകരം ശരി നിങ്ങൾ ഒരു ലക്ഷം പേരാണ് എന്റെ മുമ്പിൽ ഇരിക്കണതെന്ന് വെച്ചോളൂ ഇപ്പൊ നാനൂറോ അഞ്ഞൂറോ പേരുണ്ടെന്ന് വെച്ചോളൂ ഇനിയിപ്പോ ഇത് പോയിട്ട് ഒരു ലക്ഷം ആയി എന്ന് വെച്ചാൽ എനിക്ക് എന്ത് പ്രയോജനം ഇതേപോലെ ഞാൻ പറയാൻ പാടുള്ളൂ അത് നിങ്ങൾ ഒരു ലക്ഷം പേര് എന്റെ മുമ്പിൽ ഇരുന്നിട്ട് എനിക്ക് വയറുവേദന എടുക്കാൻ തുടങ്ങിയ ഒരു ലക്ഷം ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ല എല്ലാ ഒരു ലക്ഷം പേര് മുമ്പിൽ ഇരുന്നിട്ട് എന്റെ ഒരു വയറുവേദന മതി ഈ ഒരു ലക്ഷം പേരുടെ മുമ്പിൽ ഞാൻ ഇരുന്ന് ഭഗവത്ഗീത പറയണമെന്നുള്ള സന്തോഷം പോവാൻ വെളിയിലുള്ള അച്ചീവ്മെന്റിനെ തകർക്കാൻ ഇത്രയും മതി എന്നാലും ഒരു മോഹാണ് എനിക്ക് ലോകത്തിലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തീർക്കണം ഒരു വലിയ കെട്ടിടം കെട്ടണം എന്തിനെന്ന് വെച്ചാൽ എന്റെ പേര് നാളെ എല്ലാരും അറിയാൻ വേണ്ടിയിട്ട് ആരും ചെയ്യാത്ത ഒരു കെട്ടിടം കെട്ടണം അങ്ങനെയാണല്ലോ ഈ താജ്മഹാള് കെട്ടിയത് മരിച്ചുപോയ ഭാര്യയെ ഓർമ്മിക്കാൻ വേണ്ടി താജ്മഹാള് കെട്ടി ലോകമഹാ അത്ഭുതങ്ങൾ എത്ര അതിനേക്കാളും എത്ര വലിയ അത്ഭുതങ്ങള് മനുഷ്യന്റെ ഉദാര ബുദ്ധിയെയും ത്യാഗത്തിനെയും സംയമത്തിനെയും ഉണ്ട് അതൊക്കെ വിട്ടിട്ട് ഇത് കെട്ടിയിട്ട് കെട്ടി ഉണ്ടാക്കിയ ആദ്യം കൊന്നു അയാൾ വേറെ ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് പുറകിൽ ഇതൊക്കെ ചെയ്യുന്നവൻ അസുരനാണ് ഒരു പുഷ്പം ൂത്ത് മധുരമായി മനോഹരമായി നിന്ന് സുഗന്ധം വീശി നാളെ വാടി വീണു പോകുന്നുണ്ടല്ലോ അതാണ് ഈശ്വരന്റെ പ്രതീകം തപവനസ്വാമി ഹിമഗിരി വിഹാരത്തിനടുത്ത് പറയുന്നു ഉത്തമജ്ഞാനികൾ അറിയേണ്ടത് അറിഞ്ഞ് സമാധാനായി ഇരുന്ന് ആർക്ക് വേണോ ആ ജിജ്ഞാസുക്കൾക്ക് ഉപദേശിച്ച് ആരും അറിയാതെ കാട്ടിലെവിടെങ്കിലുമൊക്കെ കടന്ന് മൃഗങ്ങള് ജന്തുക്കൾ പിടിച്ച് തിന്നിട്ട് പോവാനാണ് ആശിക്കുക എന്നാണ് അവിജ്ഞാതകത്തി സവൈ ധീര ഉദാഹൃത എന്ന് ഭാഗവതമാണ് ആരും അറിയാതെ എവിടെങ്കുള്ളിലുള്ള ആസുരീ സമ്പത്ത് എന്തു പറയും ഏ അങ്ങനൊന്നും പാടില്ല നമ്മളുടെ ഒരു അർദ്ധകായ പ്രതിമ സ്ഥാപിക്കണം ഒരു ഒരു ഗുരു ശിഷ്യന്റെ അടുത്ത് മരിക്കാൻ പോകുമ്പോ ജീവിതം മുഴുവൻ എനിക്കുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു അർദ്ധകായ പ്രതിമ സ്ഥാപിക്കണം മണ്ട ശിരോമണികളായ ശിഷ്യന്മാര് പറഞ്ഞു ശരി തോന്നി അദ്ദേഹം മരിച്ചു കഴിഞ്ഞതും ഇവര് സ്ഥാപിച്ചു വയർന്ന് ചോട്ടലിക്ക് അർദ്ധകായല്ല തലയില്ല തലയില്ലാതെ ഒരു വലിയ വയറുണ്ട് അദ്ദേഹത്തിന് ഒരു അർദ്ധകായ പ്രതിമ ഇതിപ്പോ ഞാൻ തമാശായിട്ട് പറഞ്ഞാലും വളരെ വലിയ ഒരു ബഫൂണിസമാണ് ലോകത്തില് നമുക്ക് എവിടെ നോക്കിയാലും കാണുന്നത് ആവശ്യയില്ലാത്ത ചിലതൊക്കെ ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട് ജീവിതം മുഴുവൻ അതിനു ബലിയാക്കി എന്തിനു വന്നു അത് മറന്നുപോയി കസ്ത്വം കോഹം കുത ആയാതേ ജനീ കോമേ താതഹ ഈ ചോദ്യമേ ചോദിക്കില്ല എന്താ ജീവിതത്തിന് ലക്ഷ്യം ഒന്നുമില്ല എന്തൊക്കെയോ ചെയ്തു കുറെ കെട്ടിടങ്ങൾ കെട്ടിയോ ഒക്കെ ചെയ്തു എന്തൊക്കെയോ അശുചി വ്രതാഹ എന്നാണ് അശുചി വ്രതങ്ങള് അസത്ഗ്രാഹാൻ പ്രവർത്തന്റെ അശുചി വ്രതാ അശുചി വ്രതങ്ങളൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുവെച്ചാൽ ശുചി ശൗചമില്ലാത്തതായി എന്തൊക്കെയോ ചെയ്യാൻ തീരുമാനിക്കുന്നതിന് പേരാണ് വ്രതം അതായത് ഇവിടെ വ്രതചര്യ അർത്ഥത്തിലല്ല ഒരു ബോംബ് വെക്കുക എളുപ്പ കാര്യമാണോ മെനക്കിട്ട് ചെയ്യുന്നു തല്ലി പൊട്ടിക്കുക കേടുവരുത്തുക സാധനങ്ങള് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യുന്നു ഇതൊക്കെ ആസുരീവാസനയാണ് ഈ ആസുരീവാസനയുള്ളവന് മനസ്സൊരിക്കലും നിൽക്കില്ല അവന്റെ ചിന്ത അളവില്ലാതെ തുടർന്നുകൊണ്ടിരിക്കും അതാണ് അതിന്റെ ലക്ഷണം ഭഗവാൻ പറയണത് ടോട്ടൽ ഡിസ്റ്റർബൻസ് ആണ് പല മഹാവൈഭവശാലികൾ ബുദ്ധിശാലികൾ എന്ന് പറഞ്ഞവർ പോലും ഈ ആസുരിവാസന കൊണ്ടോ എന്തോ അവസാന കാലാവുമ്പോ സൈക്കിക് ഡിസോർഡറാണ് എന്താന്ന് വെച്ചാൽ മനസ്സ് നിക്കണില്ല കേടുവന്ന റേഡിയോ പോലെയാണ് ഒരു സ്റ്റേഷൻ വെച്ചാൽ വേറെ ഒരു സ്റ്റേഷൻ കേൾക്കും പുറകേന്ന് ഇപ്പോ തിരുവനന്തപുരം വെച്ചാൽ പുറകേ നിന്നും കോയമ്പത്തൂർ കേൾക്കും അതിന് പുറകിൽ ബി ബി സി കേക്കും ചിലപ്പോൾ അടുത്ത വീട്ടിൽ വെച്ച മിക്സി കേൾക്കും അതുപോലെയാണ് നമ്മളുടെ മനസ്സ് ഒരളവില്ലാതെ ചിത്തവൃത്തികൾ വന്നുകൊണ്ടിരിക്കുക കോയമ്പത്തൂര് പ്രഭാഷണത്തിന് പോകുമ്പോ കാറിൽ പോകുമ്പോ ആ കാറിൽ ടേപ്പർ കോഡർ പാടാൻ തുടങ്ങി അയാളോട് പറഞ്ഞു ഓഫ് ചെയ്തു പറഞ്ഞു അയാൾ ഓഫ് ചെയ്തു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ പിന്നെയും പാടി ഞാൻ പറഞ്ഞോട്ടു തൻ്റെ അടുത്ത് ഓഫ് ചെയ്യാൻ പറഞ്ഞില്ലേന്ന് ഓഫ് ചെയ്തു സാമി പിന്നെന്താ അത് ഓഫ് ചെയ്താലും പാടും നമ്മളുടെ അപ്പൊ തോന്നി നല്ല ഉദാഹരണാണ് പെർഫെക്റ്റ് ഉദാഹരണാണ് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ ഒരു മെക്കാനിസം ഇല്ല ഈ മനസ്സ് അതാണ് ഭഗവാൻ നോക്കൂ പറഞ്ഞത് ചിന്ത അപരിമേയാം ചളയാശ്രിതോപഭപരമാ നിശ്ചിത ആശാപാശതൈർ ബാ കാക്രോധപരാണ ഈഹന് അന്യാ അർത്ഥസഞ്ജയാൻ എന്ന് പറഞ്ഞ് ഭഗവാൻ അത്തരത്തിലുള്ളവരെ വർണ്ണിച്ച് ഇതിലൊന്നും പെട്ടുപോകാതെ ജ്ഞാനനിഷ്ഠനായിട്ട് ഇരിക്കണെങ്കിൽ ഈ തമോദ്വാരത്തിനെ ഉള്ളെന്ന് നീക്കം ചെയ്യണം ഇതാണ് ഭഗവാൻ ഇനി പറയാൻ പോണത് അത് നമ്മൾ നാളെ കാണാം നാളെ നാളത്തെ പ്രഭാഷണത്തിൽ കാണാം രാവിലെ പതിപോലെ ഉള്ളത് നാൽപ്പത് ഏഴ് മണിക്ക് ഫലാവനം കിരീടം ഫാലനേത്രാച്ചിഷാദഗ്ധപഞ്ചേഷു കീടം ശൂലാഹതാരതികൂട്ട ശുദ്ധമർദ്ദേ ഭജേ മാർഗന്ധുവാ ശംഭോ മഹാദേവദ വിരാജദ് ഭുജംഗം അബ്രഗംഗാതംഗാഭിരാമോത്തമാകാരടീകുരംഗം സിദ്ധസംസേവിതാഘി ഭജേ മാർഗന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവേശംഭോ കന്ദർപ്പമീശം ഠം മഹേശം മഹാവ്യോമകേശം കുന്ഭതം സുരേഷം കോട്ടിസൂര്യ പ്രകാശം ഭജേ മാർഗന്ധു ശംഭോ മഹേവതേ നിംപലോകേശ വൈരി പ്രസ്വരാപം കൃത്വാസം ഭജേ ദിവ്യസന്മാർബന്ധു ശംഭോ മഹാദേവ ശംഭോ മഹാദേശ ശംഭോ മന്ദാരൂത്തെരുദാരം മന്ദാഗേന്ദ്രസാരം മഹാശൌര്യദൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ൂതേരുദാരം മന്ദഗേന്ദ്രസാരം മഹാശൌര്യദൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദിഭോ മഹാദേവദ ശംഭോ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 മറ്റന്നാളെ ഞായറാഴ്ച രാവിലെ ഏഴുമണിക്ക് ഭഗവത്ഗീത പ്രഭാഷണമാണ് രാവിലത്തെ പ്രഭാഷണം ഉള്ളത് നടപ്പത് നാളെ രാവിലത്തോടെ ഈ പ്രാവശ്യം നിർത്തും മറ്റന്നാളെ രാവിലെ ഭഗവത്ഗീത ഏഴ് മണിക്ക് ഭഗവത്ഗീത പ്രഭാഷണം രാവിലെയാണ് പൊതു സമാപനം വൈകുന്നേരമല്ല ഞായറാഴ്ച ഞായറാഴ്ച രാവിലെ ഈ ഗീതായജ്ഞം സമാപിക്കും തോന്നം മിഞ്ചിസ്തിഥാഷ്ടം കൂരുമാം ആത്മനം